താമരയുടെ വളയം പോലെ അനവധി ശിരസ്സുള്ള അനന്തമായ എന്താണ് പത്തികളുള്ള ഒരു ഉഗ്രമായൊരു രൂപം ആയിരം ശിരസ് ഉള്ള മൃണാളതവളെ അപ്രകാരമുള്ള രൂപം ഭഗവാന്റെ സഹസ്രശേഷനായിരിക്കുന്ന അനന്തന്റെ രൂപം അവിടെ പ്രകടമായ എന്നാണ് എന്നിട്ടോ അദ്ദേഹം ആ രൂപത്തെ കണ്ട് സ്തുതിച്ചു ഭഗവാൻ അദ്ദേഹത്തിന് ആത്മതത്വം ആത്മതത്വമനുഗൃഹ്യതിരോധാത ഭാഗവത തത്വം നാരായണീയതം ഉപദേശിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു എന്ന് എന്നിട്ടോ തൊൽബത്തമോലിരസോപിജലക്ഷലക്ഷം വശ്മാണിഹർഷലമന പുവനീഷു കാമം സങ്കാപയൻ ഗുണഗണം തവ സുന്ദരീബി സങ്കാതിരേഗരയിതോ ചചാര ഭക്തമൌലിയായിത്തീർന്ന ഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിത്തീർന്ന ചിത്രഗീത മഹാരാജാവ് സുന്ദരീബി തവ ഗുണം സംഗാപയൻ സുന്ദരിമാരെക്കൊണ്ട് ഭഗവാന്റെ ഗുണങ്ങൾ സ്തുതിച്ച് പാഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംഘാതിരേഖതീത മറ്റുള്ളവരിലുള്ള സംഘം വിട്ടുകൊണ്ട് ഗൃഹജീവിതത്തിന്റെ സംഘം വിട്ടുകൊണ്ട് ഹർഷലവന പരമാനന്ദ നിർവൃദ്ധനായിട്ട് പല ഭുവനേശ്വര ലളിതം പല ലോകങ്ങളിലും ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി അപ്പോഴോ അത്യന്തസംഗവിലയാവൽ പ്രണുന്നോ നൂനം സരൂഭിഗിരിമാഭ്യമഹൽസമാജേ നിശങ്കമംഗഗതവല്ലവമംഗജാനി ഹങ്കരം പരിഹസണ്ു മയാഷേ അങ്ങനെ പല ലോകങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹം അവിടെ നിന്ന് കൈലാസത്തിലെത്തിച്ചേർന്നാണ് അവിടെ എന്താ കാണുന്നത് രൂപ്യഗിരി ആപ്യ അവിടെ കൈലാസത്തിലെത്തിയപ്പോ മഹൽ സമാജെ സിദ്ധന്മാരും ഋഷീശ്വരന്മാരും നടന്നിരിക്കുന്ന സഭയില് പരമശിവൻ അങ്കകൃതം വല്ലവം അങ്കേജാരി തന്റെ പാർവതീദേവിയെ പത്നിയായ പാർവതീദേവിയെ മടിത്തട്ടിൽ വെച്ച് ഇരുത്തി ആലിംഗനബദ്ധനായിട്ടിരിക്കുന്നു മഹർഷിമാരൊക്കെ നോക്കിയിരിക്കെ ഇത് കണ്ടപ്പോ ശങ്കരൻ പരിഹസൻ അങ്ങോട്ട് ദേഷ്യം വന്നു നാണമില്ലാത്തവൻ എന്ന് വിളിച്ചു ആരെ പരമശിവനെ നാണമില്ലാത്ത കാരണം എല്ലാവരുടെ മുന്നിലും വെച്ച് പത്നി ഇങ്ങനെ മടിയിലിരുത്തി ആലിംഗനം ചെയ്യുന്നവൻ ലേശ നാണോ ഉണ്ടെങ്കിൽ ചെയ്യില്ല ആരോടാ പറയുന്നത് സാധാരണക്കാരനോടല്ല പറയുന്നത് സാക്ഷാത് പരമശിവനോട് പരമശിവൻ മൗനം ഭഗുവ ഒന്നും വേണ്ടിയില്ല പക്ഷേ പരിഹസൻ ഇപ്രകാരം പരിഹസിച്ചപ്പോ ഉമാ അഭിഷേവേ പാർവതീദേവി അദ്ദേഹത്തിനെ ശപിച്ചു കളഞ്ഞു എന്താ ശാപം നിസ്സംബ്രഹ്മസ്തയമയാജിതശാപമോക്ഷ വൃത്തസുരത്തമുപമ്യ സുരേന്ദ്രോതി ഭക്തത്തഗതനെ സമരേ വിജിത്രം ശത്രോരവി പ്രമുവാസ്യഗത പദം ശാപത്താൽ നിസ്സംഭ്രമ അല്പം പോലും ഭ്രമം വന്നില്ല പേടി വന്നില്ലേ ദുഃഖം വന്നില്ലേ തളർന്നില്ല കാരണം അത്രമാത്രം അദ്ദേഹത്തിന്റെ മനസ്സ് ഇവിടെ എത്തിയിരുന്നു ഭഗവത് സ്മരണം കൊണ്ട് ഭഗവാനിൽ എത്തിയിരുന്നെങ്കിലും അല്പമൊരഭിമാനമുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തത് ഏതായാലും ശാപം കൊണ്ട് ആരായി അദ്ദേഹം വൃത്തൻ എന്നൊരു വൃത്രാസുരത്വ മുഖവമ്യ വൃത്രാസുരൻ എന്നൊരു അസുരനായി തീർന്നു പറയാന് എന്നിട്ടോ സുരേന്ദ്രയോദീ പിന്നെ അയാള് ഇന്ദ്രനുമായി യുദ്ധം ചെയ്യാൻ ഇടവന്നു അതെങ്ങനെയാണത് വൃത്രാസുരന്റെ കഥ പറയുന്നതിന് മുമ്പ് നേരത്തെ വേറൊരു ആചാര്യന്റെ കഥ പറഞ്ഞല്ലോ ആര് വിശ്വരൂപന്റെ കഥ ആ വിശ്വരൂപൻ ഇന്ദ്രന് ഒരു മന്ത്രോപദേശു പറഞ്ഞല്ലോ ഏത് നാരായണാൻ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിശ്വരൂപൻ ഇന്ദ്രന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊഴിക്കും എന്താ പറയാ ഓം ഇന്ദ്ര ഇന്ദ്രന് അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് കണ്ട് നെയ്യൊഴിക്കും അങ്ങനെ എനിക്ക് ഒന്ന് ഇന്ദ്രന്റെ ശ്രദ്ധ തെറ്റിയപ്പോ ഇങ്ങോര ചെയ്തു ഓം ശുക്രായ സ്വാഹത എഴുതി ചൊല്ലും നെയ്യൊഴിച്ചു ശുക്രനാരാ അസുരന്മാരുടെ ഗുരു നേരെയാവട്ടേന്ന് ഇന്ദ്രന്റെ യാഗകുണ്ടത്തിലേക്ക് നെയ്യൊഴിച്ച് പ്രാർത്ഥിച്ചാൽ ഇന്ദ്രൻ ഇഷ്ടപ്പെടുവോ നിങ്ങൾ പൂജ ചെയ്യണോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നേരെയാവട്ടെ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടില്ല ഇന്ദ്രന്റെ കോപം വന്നു ഒരൊറ്റ വെട്ടതാല ഗുരുവാണെന്ന് നോക്കിയില്ല തോന്നിവാസം ചെയ്താൽ എന്ത് ചെയ്യാനാണ് ആ തലവെട്ടിയതും ബ്രഹ്മഹത്യാപാപം വന്നു എന്നും അത് വൃക്ഷങ്ങൾക്ക് ജലത്തിന് ഭൂമിക്ക് സ്ത്രീകൾക്കെല്ലാം കൊടുത്ത് ബ്രഹ്മഹത്യാപാപത്തിൽ ഇത് മുക്തരായെന്നും ഇതെല്ലാം ഭാഗവതത്തിൽ വിസ്തരിച്ചു വരും ഏതായാലും ഇന്ദ്രൻ തന്റെ പുത്രനെ കൊന്നതിനുള്ള ദേഷ്യം തീർക്കാൻ തൊഷ്ടാവെന്ന് പറയുന്ന ആചാര്യൻ മറ്റൊരു യാഗം ചെയ്തുവെന്നും യാഗസമയത്ത് സങ്കല്പം വെച്ചത് ഇന്ദ്രനെ കൊല്ലാൻ പുത്രൻ വേണമെന്നായിരുന്നു പക്ഷേ നാവ് വിഴച്ചുപോയി എന്തു പറഞ്ഞു യന്ത്രനാൽ കൊല്ലുന്ന പുത്രൻ വേണമെന്ന് മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ടെന്നാണ് അമ്പലത്തിൽ ചെന്നിട്ട് ഭഗവാനെ എന്റെ വീട്ടിലൊന്നും ഉണ്ടാവരുതേ എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ വള്ളം കേറിയിട്ടുണ്ടാവും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക വീട്ടിലാർക്കും അസുഖങ്ങളൊന്നും ഉണ്ടാവരുതെന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷെ വീട്ടിലൊന്നും ഉണ്ടാവരുതേ ഗുരുവായൂരപ്പാന്നോ അദ്ദേഹങ്ങൾക്ക് ഓ ഇവർക്ക് സമ്പത്തിനോടൊക്കെ വിരക്തി വന്നിരിക്കണോ ഇന്ന് തന്നെ വർദ്ധിക്കാം എന്റെ ദൂതന എന്ന് അല്ലേ അപ്പൊ നമ്മൾ ചൊല്ലുന്നതും പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് പറയണം പണ്ടൊരമ്മ പ്രാർത്ഥിച്ചതുപോലെ മകൻ ഇന്റർവ്യൂവിന് പോവുകയാണ് ആ മകൻ ഇന്റർവ്യൂ ഒക്കെ പോയി കഴിഞ്ഞു വരുമ്പോൾ യാതൊരു ഉഷാറും ഇല്ല മകൻ ചോദിച്ചു അമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ എനക്ക് വേണ്ടി ഞാൻ അമ്പലത്തിൽ പോയി അമ്പത് രൂപയുടെ വഴിപാട് ചെയ്തു എന്താ പ്രാർത്ഥിച്ചത് നിനക്ക് ഒന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചു ആ അമ്മ അതെന്നെ ഉണ്ടായിരിക്കുന്നത് പോയിട്ട് നട കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അവിടെ പ്രാർത്ഥിക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അപകടമാണ് പണ്ട് കുംഭകാരനെ പറ്റി അപകടം ഉണ്ടല്ലോ അപകടം തന്നെ ദേവന്മാര് കൊല്ലരുതെന്നാണ് വരം വേണ്ടത് പക്ഷെ പറഞ്ഞ് പോയപ്പോ എന്തായി നിർദ്ദേവത്വം എന്നാ വേണ്ടത് നാ അപകടം ഉണ്ടാക്കരുത് നാവൊന്ന് പഠിച്ചുപോയ പിന്നെ അതിൻ്റെ ആയിരിക്കും കിട്ടുക ഗുരുവായപ്പാ ഒന്നും ഉണ്ടാവരുത് ഭഗവാൻ ബുദ്ധി പോലും വേണ്ടിയിരിക്കുന്നേ എന്താ പിന്നെ വേണ്ടത് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ കൊടുക്കേണ്ടത് അപ്പൊ ആ ഇന്ദ്രൻ സോറി തൊഷ്ടാവ പ്രാർത്ഥിച്ചപ്പോ അഗ്നിയിൽ നിന്നും ഒരു രൂപം പ്രകടമായി ആ രൂപത്തിന് പേര് കൊടുത്തു വൃത്രൻ ആരായിരുന്നു ആ വൃദ്ധൻ ചിത്രകേതു മഹാരാജാവ് പാർവതീദേവിയുടെ ചാപപ്രകാരം ആരായിത്തിരുന്നു വൃദ്ധരൻ പിന്നീട് വൃദ്ധൻ ഇന്ദ്രനുമായി യുദ്ധത്തിന് പോവുകയാണ് അപ്പോഴേക്കും ഇന്ദ്രൻ ബ്രഹ്മാവിന്റെ അടുത്തോടി ബഹ്മാവ് പറഞ്ഞു ഇനി നേരിടാൻ എനിക്ക് വജ്രായുധം വേണം ആ വജ്രായുധം എവിടെ കിട്ടും ദതീജി എന്ന് പറഞ്ഞ മഹർഷിയുടെ നട്ടെല്ലാം വലിച്ചിരിക്കണമെന്ന് ഒരാളുടെ തല എടുത്തിട്ടാണ് അവത് ഇനി പോയിട്ട് വേറെ തവണ നട്ടെല്ലാം അവിടെ പോയി ദതീജിയുടെ കാൽക്കരി വീണു അദ്ദേഹം സ്വീകരിച്ചിരുത്തി എന്താവും എന്റെ വിശേഷം എന്ന് അല്ല ചെറിയൊരാഗ്രഹം എന്ന് പറഞ്ഞോളൂ തുറന്നു പറഞ്ഞോളൂ അല്ല അങ്ങയുടെ ഈ നട്ടല്ലേ എന്റെ വീട്ടിൽ നിന്ന് പറമ്പെന്ന് മണല് ചോദിക്കുന്ന പോലെയാണ് എന്ത് ചോദിക്കുന്നത് നട്ടെല്ല് ചോദിക്കുന്നത് ഏതായാലും അവസാനം തന്റെ ശരീരം ഉപേക്ഷിച്ച് നട്ടെല്ല് കൊടുത്തു ഈ കഥകളൊക്കെ നമ്മൾ പറയുമ്പോൾ ചരിത്രം ഇന്നും ഭാരതത്തിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് നിങ്ങൾ സീതാപൂർ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് അവിടെ മിശ്രി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെയാണ് ദദീജി മഹർഷി തന്റെ നട്ടെല്ലു കൊടുത്ത സ്ഥലമായിട്ട് കണക്കായിരിക്കുന്നത് ആ മിശ്രി എന്ന് പറയുന്ന സ്ഥലം എന്താണത്ര ദതീജി മഹർഷിയുടെ നട്ടല്ല് കൊടുക്കുന്ന ചടങ്ങില് പങ്കെടുക്കാൻ വന്ന ദേവന്മാര് അദ്ദേഹത്തിനെ പല തീർത്ഥങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന തീർത്ഥങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ട് ആ അഭിഷേക വെള്ളമാണത്രേ അവിടെ കൂടിച്ചേർന്ന് മിശ്രി മിശ്രി എന്ന് പറഞ്ഞാൽ തന്നെ മിശ്രിതം നടത്താം അപ്രകാരം ഒരു തീർത്ഥസ്ഥലം ഇന്നും നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ എത്ര ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ ദർശനത്തിന് വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള മഹാത്മാക്കൾ ഭാരതത്തിൽ തന്റെ നട്ടെല്ലു പോലും നമ്മൾ ആരെങ്കിലും നട്ടെല്ലു കൊടുക്കും ആരെങ്കിലും ഒരുവിധം പാകം കൊടുക്കു സ്വന്തം നട്ടെല്ലു പോലും മറ്റൊരാൾക്ക് പ്രയോജനപ്പെടാൻ സാധിക്കുമെങ്കിൽ ദാനം ചെയ്യാൻ ഒരു മടിയില്ലാത്തൊരു സമൂഹം ഭാരതത്തിൽ ഉണ്ടായിരുന്നു പറയാന് നമുക്ക് എത്ര സർവശ്രേഷ്ഠന്മാരുടെ കാലാണ് പണ്ടുണ്ടായിരുന്നത് ഒരു പക്ഷിക്ക് തന്റെ തൊടയിലെ മാംസം അരിഞ്ഞുകൊടുത്തിട്ടുള്ള കഥകളൊക്കെ ആരാണത് ദിലീപ് മഹാരാജാവിന്റെ കഥകളൊക്കെ ശിവ ചക്രവർത്തിയുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഭാരതത്തിൽ പകരേക്കുള്ളൊരു ഉഗ്രന്മാരായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഒരു പരമ്പരകൾ ഭാരതത്തിലുണ്ടായിരുന്നു പറയുകയാണ് ഏതായാലും അപ്രകാരം നദീജി മാഷിയുടെ നട്ടലെടുത്ത് വൃത്രനും ഇന്ദ്രനും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് വൃത്രൻ പഠിപ്പിക്കുകയാണ് ഇന്ദ്രനെ ഞാൻ വന്നിരിക്കുന്നത് നിന്നെ കൊല്ലാനല്ല ഞാൻ ഭഗവാന്റെ ദാസനാണ് എനിക്കൊരേ ഒരു മോഹമേയുള്ളൂ എന്താണത് എന്റെ മനസ്സ് ശരീരം വീഴുന്നതിന് മുമ്പ് എനിക്ക് ഭഗവാനിലേക്ക് എത്തിക്കണം അതൊരു ഉദാഹരണം പറയും അജാതപക്ഷ ഇവമാതരം ഖഗ എപ്രകാരമാണ് പക്ഷിക്കുഞ്ഞുങ്ങൾ വൈകുന്നേരം അതിന്റെ അമ്മയെ നോക്കിക്കൊണ്ട് കൂട്ടിലിരിക്കുന്നത് സ്തന്യം ഗതാവത്സതരാക്ഷുതാർത്ത പശുക്കുട്ടി വൈകുന്നേരമാകുമ്പോ പശുവിനെ കാത്തിരിക്കുന്നത് പ്രിയം പ്രിയൈവ സന്ധ്യാവുന്ന സമയത്ത് പെൺകുട്ടി ഭർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാര്യ പറയുന്നത് സന്ധ്യയായിട്ടും ഭർത്താവ് വന്നിട്ടില്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഓ ഭർത്താവ് എപ്പോഴാവിന് ഭർത്താവ് എപ്പോഴാവിന് ഈ വിചാരത്തിലിരിക്കുന്ന പെൺകുട്ടിയെപ്പോലെ മനോ അരവിന്ദാക്ഷത ദക്ഷതേ എന്റെ മനസ്സ് ഭഗവാനിലേക്ക് തിരിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇന്ദ്ര ഈ ശരീരത്തെ നീ വീട്ടിത്തന്നാലും കൊന്നു തന്നാലും എന്ന് പറഞ്ഞ് ഇന്ദ്രന്റെ മുന്നിൽ വിനയാന്യുതനായി തന്റെ ശരീരത്തെ സമർപ്പിച്ചവനായിരുന്നു അര് വൃത്രാസുരൻ അപ്പൊ എന്താ വൃത്രാസുരൻ ഇങ്ങനെയൊക്കെ സാധിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ചിത്രകേതു മഹാരാജാവായിരിക്കുമ്പോൾ നേടിയ ആധ്യാത്മിക ജ്ഞാനം വൃത്രാസുരനായിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ല ജന്മം കൊണ്ട് അസുരനായിരുന്നെങ്കിലും മനസ്സുകൊണ്ട് അന്ന് നേടിയ ആത്മീയമായ അറിവ് വൃത്രാസുരന്റെ ശരീരത്തിലിരിക്കുമ്പോഴും കൂടെ ഉണ്ടായിരുന്നു എന്നിട്ടോനഗിരി താൻ പ്രത്യുദേഹോ മരുദോ ബിവി ദുഷ്ടാശയേ വിശുവദൈവന്ഷേവാ താതിശസ്തമവമ പവന പവനേശ അപ്രകാരം വൃത്രാസുരന്റെ കഥ പറഞ്ഞതിന് ശേഷം ദിദി ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രനെ കിട്ടാൻ വേണ്ടി ഭർത്താവിനെ അടുത്തുപോയി ദിതി അതിഥി രണ്ട് പത്നിമാര് രണ്ടുപേരും ദക്ഷപുത്രിമാര് സഹോദരിമാരും കൂടിയ ഭർത്താവ് ഒരാണ് ഒരു സഹോദരിയുടെ ആഗ്രഹം മറ്റ് സഹോദരിയുടെ മകനെ കൊല്ലാൻ ഒരു പുത്രൻ വേണം നോക്കും മനുഷ്യന്റെ ഉള്ളിലുള്ള കൂടതന്ത്രങ്ങളൊക്കെ ഒരു സഹോദരിക്ക് മറ്റേ സഹോദരിയിലുള്ള പുത്രനെ കൊല്ലാൻ പുത്രൻ വേണം അതാരെ കൂട്ടു നിൽക്കണം രണ്ടുപേരിലും ഭർത്താവ് ഒന്ന് രണ്ട് ഭർത്താവ് ആണെ കുഴപ്പമില്ല അപ്പൊ അച്ഛന് അച്ഛനെ പിടിച്ചിട്ട് അച്ഛന്റെ മകനെ കൊല്ലാൻ വേറൊരു പുത്രം വേണം ഏത് അച്ഛനെ സഹിക്കുക പക്ഷെ കശ്യവൻ വേണ്ടാന്ന് പറഞ്ഞില്ല ഒരു വ്രതം പറഞ്ഞു കൊടുത്തു ആ വ്രതത്തിന്റെ പേരായിരുന്നു പുംസവനം എന്നുള്ള വ്രതം അങ്ങനെ പുംസവ്രതൊക്കെ നോട്ട് ഗർഭിണിയെ ആര് ആര് ദിതി പേര് മാറരുത് അതിഥി ദിതി അതിഥിയുടെ പുത്രനാണ് ഇന്ദ്രൻ ഇന്ദ്രനെ കൊല്ലാനാണ് ആർക്ക് പുത്രൻ വേണ്ടത് വിധിക്ക് പുത്രൻ അതിനാണ് ഭർത്താവായ കശ്യപനെ പിടിച്ചത് കശ്യപൻ വ്രതം പറഞ്ഞു കൊടുത്തു ആ വ്രതത്തിന്റെ പേരാണ് പുംസവനം അപ്പോൾ വ്രതത്തിന്റെ പ്രത്യേകത വെച്ചാൽ സന്ധിക്ക് കിടന്നുറങ്ങരുത് തന്നെ കൊല്ലാനൊരു പുത്രന് വേണ്ടി ചെറിയമ്മ ശ്രമിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോ ഇന്ദ്രനൊരു കുട്ടിയുടെ രൂപത്തിൽ വന്ന് സേവനം തുടങ്ങി അമ്മയെ അനിയെത്തി സേവിക്കാൻ തുടങ്ങി എല്ലാ തരത്തിലും വേണ്ടതൊക്കെ സൗകര്യങ്ങൾ ചെയ്തോളു എവിടുന്നാ കുട്ടി ഞാനിങ്ങനെ ഒരു ബ്രാഹ്മണ കുട്ടിയാണ് അച്ഛനും ഇല്ല അമ്മയും ആരോ പറഞ്ഞു അമ്മയ്ക്കൊരു സഹായമാവും ഇവിടെ വന്നാൽ ചാപ്പാടും കിട്ടും കടന്നുറങ്ങാനെ ഇടം കിട്ടും അതുകൊണ്ട് വന്നതാണ് ഇന്ദ്രനാണെന്ന് പറഞ്ഞില്ലേ ഈ കുട്ടിയുടെ ശ്രദ്ധ എന്താണെന്ന് വെച്ചാൽ എങ്ങാനും ദിദി മാതാവ് സന്ധ്യക്ക് കടന്നുറങ്ങിയാൽ ഗർഭത്തിലേക്ക് പ്രവേശിക്കണം എന്നിട്ടുള്ളിലുള്ള കുട്ടിയെ കൊല്ലണം ഈ ഉദ്ദേശത്തിലാണ് ആര് വന്നു മുടിയത് ഇന്ദ്രൻ വന്നത് അങ്ങനെ എനിക്ക് ഒരു ദിവസം നോക്കുമ്പോ സന്ധ്യാസമയത്തിരുന്ന് ജപിക്കുന്ന അമ്മ ഉറങ്ങിപ്പോയി നല്ല താൽപ്പര്യം കിട്ടിയ ചാൻസൽ ഇന്ദ്രൻ അകത്ത് കയറിക്കൂടി ഇന്ദ്രന്റെ കയ്യിൽ വാളമുണ്ടായിരുന്നു വജ്രായുധം കുട്ടിയെ ഒരു വെട്ട് കുട്ടി കരയാൻ ഏഴ് പീസാക്കി അതൊക്കെ ഉള്ളിൽ നടന്നിട്ടുണ്ടേ വീണ്ടും കുട്ടി ഏഴ് വീസും കരയാൻ തുടങ്ങി ഓരോ വീസിന് ഏഴേഴാക്കി എല്ലാ മൊത്തത്തിലെ നാൽപ്പത്തൊമ്പതെണ്ണം എന്തോ അമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ കിടുകിടുന്ന് പറയുന്നുണ്ട് കാലം മുന്നോട്ട് ഈ കുട്ടിയെ കാണുന്നില്ല പരിചരിക്കാൻ വന്ന കുട്ടിയെ ഒരു ദിവസം അമ്മ പ്രസവിച്ചു ഒന്നും രണ്ടും അല്ല വഴിക്കും വഴിക്കും വഴിക്കും ക്യൂ നിൽക്കുന്നു എത്ര പേര് അമ്പത് പേര് ഒരാള് വന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു അമ്മയ്ക്ക് എന്നെ മനസ്സിലായി പ്രസവിച്ച ഉടനെ അപ്പൊ മനസ്സിലായില്ല ഞാനാണ് അമ്മയെ സേവിക്കാൻ വന്നത് നീ ഞാനാണ് ഇന്ദ്രൻ എന്നെ കൊല്ലാനല്ലേ ഞാൻ പുത്രൻ അതെ അമ്മ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് തപസ് ചെയ്തെന്ന് ഞാൻ കണ്ടപ്പോ ആ കുട്ടിയെ കൊല്ലാൻ ഞാൻ അകത്ത് ഇങ്ങനെ ഈ നാൽപ്പത്തൊമ്പതാണ് ഉണ്ടായത് അത് ഞാൻ വെട്ടി നോറിച്ചു നാൽപ്പത്തൊമ്പതാക്കി അപ്പോഴേക്കും ഈ അമ്മയ്ക്ക് തപസ്സുകൊണ്ട് മനസ്സിന് ശുദ്ധീകരണം വന്നിരുന്നു ഇന്ദ്രനോട് പറയാണ് നിന്നെ കൊല്ലാനാണ് ഞാൻ വ്രതം നോറ്റതെങ്കിലും ഇന്ന് മനസ്സിൽ നിന്നോട് പകയില്ല നിന്റെ കൂടെ ജനിച്ചതുകൊണ്ട് ഈ കുട്ടികളൊക്കെ നിന്റെ കൂടെ വന്നോട്ടേന്ന് അങ്ങനെ ദിതി പ്രസവിച്ച കുട്ടികളാണത്രേ നാൽപ്പത്തിയൊൻപത് മരുത്തുക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടതെന്നാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ദശകത്തിലാണ് പ്രഹ്ലാദചരിതവും നരസിംഹാവതാരവും പറയുന്നത് നമ്മള് നരസിംഹാവതാരത്തിലേക്ക് കടക്കുകയാണ് ഹിരണ്ാക്ഷേ പ്രോദിക്തപരപുഷ ദേവഭവത അതേശോകക്രോധ ഗ്ലവിതൃതിരേതഹജ ഹിരണ്യ പ്രാരംഭ കശിപുരമരാദി സദസി പ്രതിക്ഷാമാദേഗിര പദാർത്ഥം മുരരിവോ ഹേ ഗുരുവായൂരപ്പ മുരരിവോ ക്രോധിപ്രവരവുഷ പണ്ടവിടുന്ന് വരാഹരൂപത്തിൽ അവതരിച്ചുകൊണ്ട് ഹിരണ്യാക്ഷേഹതേ അവിടുന്ന് ഹിരണ്യാക്ഷനെ വധിച്ചപ്പോ അവിടുത്തെ സഹോദരൻ ഏതസ്യ സഹജ ഹിരണ്യപ്രാരംഭ ആദ്യം വന്ന ഹിരണ്യകശിപു എന്ന് പറയുന്ന സഹോദരൻ അവരെന്ത് ചെയ്തു ശോകക്രോധ കവിതകൃതി കൊണ്ടും ക്രോധം കൊണ്ടും അത്യന്തം ക്രുധനായിക്കൊണ്ട് അമരരാതിസദസി ദേവന്മാരെ സദസ്സിൽ വെച്ച് ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു തവ പദാർത്ഥം പ്രതിജ്ഞ ഹരിയെ കണ്ടുകിട്ടിയാൽ കൊന്നുവിടും എന്റെ സഹോദരനെ വധിച്ചവനെ ഞാൻ കൊല്ലുമെന്ന് ആര് ഇരണ്ടി കശിപു ദേവന്മാരുടെ സദസ്സിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു പറയുകയാണ് എന്നിട്ടോ വിതാതാറം പുരസ്സാക്ഷാൽ കുറുവൻ വരം ലബ്വാ തൃപ്തോ ജഗതിഹവൻ നയകക്ഷുന്ദ്രാതഹരം മഗണയൻ സഘ ഘോ തപസ്സിൻ ഘോരമായ തപസ് പഞ്ചാഗ്നിധ്യത്തിലും സൂര്യനെ കൊണ്ടും സൂര്യകിരണങ്ങൾ ഏറ്റുകൊണ്ടും ഒക്കെ കഠിനമായ തപസ് ചെയ്തുകൊണ്ട് അവൻ വിതാതാരം പുനഃസാക്ഷാൽ കുറുവൻ തന്റെ മുന്നിൽ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് അവൻ വരങ്ങൾ വാങ്ങിച്ചു എന്താണ് സുരധന മൃഗാദ്യ എന്നെ മൃഗം കൊല്ലാൻ പാടില്ല മനുഷ്യൻ കൊല്ലാൻ പാടില്ല അകത്ത് വെച്ച് കൊല്ലാൻ പാടില്ല പുറത്ത് വെച്ച് കൊല്ലാൻ പാടില്ല അകല് കൊല്ലാൻ പാടില്ല രാത്രി കൊല്ലാൻ പാടില്ല ഭൂമിയിൽ വെച്ച് കൊല്ലാൻ പാടില്ല ആകാശത്തിൽ വെച്ച് കൊല്ലാൻ പാടില്ല ഇപ്രകാരമെല്ലാം വരം മേടിച്ചുകൊണ്ട് വരം ലബ്ധ ഇഹ ഭവൻ ഇതം ജഗൻ ഈ ഭൂമിയെ അവന്റെ ക്രോധം കൊണ്ടും അഹങ്കാരം കൊണ്ടും ശക്തികൊണ്ടും ധിക്കാരം കൊണ്ടും അവൻ തപിപ്പിച്ചു വേദനിപ്പിച്ചു എന്ന് മാത്രമല്ല ഇന്ദ്ര അത് ഇന്ദ്രനിൽ നിന്നും അവൻ സ്വർഗവും അപഹരിച്ചവന്റേതാക്കി മാറ്റി ഇങ്ങനെ ലോകം മുഴുവൻ അവന്റെ ശക്തിക്ക് കീഴിൽ ഒതുങ്ങിപ്പോയി ആരുടെ ശക്തിക്ക് ഇരണ്യ കശുപോലെ എന്നിട്ടോ നിഹന്തു ത്വാഭൂയ നവപത്മാവ പദമവാസ്യതിരിഭോ ബഹൃദ്ദിഷ്ടേരന്ദ്രൃതയെ സൂക്ഷ്മബുഷാ നദന്ത്രാഭി അഖിലഭുവേ ച മൃഗയൻ ബിയാതം മകലുജിത കാശീനവൃതേ ത്വാം നിഹന്തും ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹരിയെ കൊല്ലാൻ വേണ്ടിയിട്ട് തപപദമവാപ്ത ഭഗവാന്റെ വൈകുണ്ഠപദത്തിൽ അവൻ എത്തിച്ചേർന്നു ഭഗവാനെ അന്വേഷിച്ചിട്ട് ഭഗവാനെന്ത് ചെയ്തു ബഹിർദൃഷ്ടേരിപോ തന്നെ പുറത്തന്വേഷിക്കുന്ന ശത്രുവിന്റെ കൃതയെ സൂക്ഷ്മപുഷ അന്തർദരിത മനസ്സിലാവില്ലേ തന്നെ പുറത്തന്വേഷിക്കുന്ന ശത്രുവിന്റെ ഉള്ളിൽ മറഞ്ഞു ആര് ഭഗവാൻ ഇവനെന്ത് ഒരു ഖലു ഉച്ചൻ അഖില ഭുവനാന്തരി മൃഗയൻ ബിയായാതമ്മത്വ അവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് പേടിച്ചോടിയവനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവൻ ജിതകാശീത ലോകം കീഴക്കിയവനെന്ന് അഹങ്കരിച്ചുകൊണ്ട് നടത്തും ഭഗവാൻ എന്ത് തന്നെ പുറത്തന്വേഷിക്കുന്ന ശത്രുവിന്റെ ഉള്ളിൽ മറഞ്ഞു എന്ന് പറയാൻ എന്നിട്ടോ അതോസ്യ പ്രഹ്ലാദ സമജനിസുതോ ഗർഭവസതോ മുനീ പീണ പണേ അതിഗതപവൽ ഭക്തിമ സവൈ ജാത്യാധൈദ്യ ശിശൂരവിസമീത്യൈരം ഗതസ്തുൽഭക്താ വരതപരമോദാഹരണതാ ഹിരണ്യകശപു തപസനായി ത്രികൂടത്തിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യയായ കയാതു ഗർഭിണിയായിരുന്നു അങ്ങനെയിരിക്കുക ഒരിക്കൽ ഇന്ദ്രൻ കൊട്ടാരത്തിൽ വന്ന് എല്ലാവരെയും അക്രമിച്ചുകൊണ്ട് കയാതുവിനെ കടന്നു പിടിച്ചു വലിച്ചഴിച്ചു കൊണ്ടുപോയി എന്തിനു വേണ്ടിയിട്ടത്രേ ആ ഗർഭത്തിലിരിക്കുന്ന അസുരക്കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വഴിയിൽ വെച്ച് നാരദമാഷി കണ്ടിട്ട് പറഞ്ഞു അയ്യോ ഈ കുട്ടിയെ കൊല്ലരുത് ഭഗവാന്റെ പരമഭക്തനാണെന്ന് പറഞ്ഞ് ഇന്ദ്രനെ പറഞ്ഞുവെച്ചിട്ട് ആ കയാതുവിട്ടിക്കൊണ്ട് ആശ്രമത്തിൽ പോയി അവിടെ ചെന്നിട്ടോ മുനീ വീണാപാണി വീണാപാണിയായിരിക്കുന്ന നാരദമാഷി ആറുമാസം ഗർഭിണിയായിരിക്കുന്ന കയാതുവിന്റെ ഉള്ളിലിരിക്കുന്ന കുട്ടിക്ക് ഭാഗവതം മുഴുവൻ ഏൽപ്പിച്ചു കൊടുത്തു അപ്പൊ ആ കുട്ടിക്ക് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മനസ്സിലായി എന്റെ ബന്ധുവായി ശരണമായി ഭഗവാനല്ലാതെ മറ്റാരും ഇല്ല അച്ഛനും അമ്മയുമല്ല എനിക്ക് ശരണം ഗുരുവായൂരപ്പൻ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് സർവ ആശ്രയം എന്ന് നല്ലവണ്ണം ഉറപ്പിച്ചുകൊണ്ട് ആ ഗർഭപാത്രത്തിൽ നിന്നും കുട്ടി വന്നു ജാത്യാദൈത്യ ചുരുരവിതി കൊണ്ട് അസുരനാണെങ്കിലും തൊയ്രതി സമീത്യ അങ്ങയിൽ അനന്തമായ രതി ദൃഢമായ രതി ആർക്കുണ്ടായിരുന്നു പ്രഹ്ലാദനുണ്ടായിരുന്നു പറയുന്നത് ഗതസ്ഥൽ ഭക്താനം പരമോദാഹരണം ഭക്തന്മാരുടെ പട്ടികയിൽ ഏറ്റവും സർവശ്രേഷ്ഠ സ്ഥാനത്ത് നിൽക്കുന്നു ആരത് പ്രഹ്ലാദൻ ജന്മം കൊണ്ട് അസുരനാണ് പക്ഷേ അയാളുടെ ജീവിതം കൊണ്ട് കർമ്മം കൊണ്ട് അയാൾ വലിയൊരു ഭക്തനായിത്തീർന്നു ഏത് നിമിഷവും ആരെ സ്മരിക്കാൻ സാധിക്കുമായിരുന്നു ഹൃദയത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കുന്നൊരു കുട്ടിയായി തീർന്നു പ്രഹ്ലാദൻ എന്നിട്ടോ സുരാരീണാം ഹാസ്യം അവതരണദാസ്യം നിജസുധേ സദൃഷ്ടുഷ്ടാത്മാ ഗുരുവിശശിശിക്ഷരരമം ഗുരുപ്രോക്തം ചാസോ ഇതമിതം അഭദ്രായതിടമിതി അപാകുറവൻ സർവം അവതരണഭക്തീവ്രേ കുട്ടി ജനിച്ച ഉടനെ തന്നെ ഭഗവൽനാമം ചൊല്ലുന്നത് കണ്ട് ഇരണികച്ചു വിചാരിച്ചത് എന്തോ പനിയുടെ അസുഖമാണെന്ന് ചുണ്ടങ്ങിയെപ്പോഴെന്തോ മന്ത്രിക്കുന്നുണ്ട് വൈദ്യന്മാർ പറഞ്ഞെന്തോ അസുഖാണ് ചികിത്സകളൊക്കെ നടത്തി പക്ഷെ എന്ത് ചികിത്സിച്ചിട്ട് ഈ ഇളക്കം നിൽക്കണില്ല പിന്നെയാണ് വൈദ്യര് പറഞ്ഞത് ഇത് ചിക്കൻ ഗുനിയും വേണ്ടാത്ത ഗുനികളൊന്നുമല്ല ഇത് ഭഗവൽനാമത്തിന്റെ അനുഭൂതിയിലാണ് കുട്ടി ഇരിക്കണത് അപ്പൊ ഈ കുട്ടിയുടെ മനസ്സിൽ നിന്നും തന്റെ ശത്രുവിന്റെ നാമം മാറ്റാൻ ഗുരുകുലത്തിലേക്ക് പറഞ്ഞു അപ്പൊ ചരണദാസ്യം ദൃഷ്ട ഭഗവാനിലുള്ള ദാസ്യമാണ് കുട്ടിക്കെന്ന് കണ്ടിട്ട് ഗുരുവി അമുംച്ഛശിക്ഷേ ഗുരുക്കന്മാരെ വെച്ചു ശുക്രാചാര്യ മക്കളായ ചണ്ടനെയും മർക്കനെയും ഗുരുക്കന്മാരായി വെച്ച് ആദ്യത്തെ വിദ്യാഭ്യാസം ആര് തുടങ്ങി തന്റെ പുത്രനെ നേരിയാക്കാൻ വേണ്ടി ഹിരണികശുപു ആദ്യത്തെ സ്കൂൾ തുടങ്ങി വെച്ചിരിക്കുന്ന ആളാണ് ഹിരണി കശുവു ആദ്യത്തെ അവിടാണ് തുടങ്ങുന്ന വിദ്യാഭ്യാസം എന്നിട്ടോ കുട്ടിയാണെങ്കിലോ നല്ല മകൻ ഗുരുക്കന്മാര് പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഹിരണ്ടി കശുവാണ് ഈശ്വരൻ ഹിരണ്ടി കശുവാണ് ഈ പ്രപഞ്ചത്തിന് ചക്രം തിരിക്കണെന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടിക്ക് അച്ഛൻ ഒരു ചക്രം തിരിക്കാൻ പറ്റില്ല അത് കുട്ടി എന്ത് ചെയ്തു അഭദ്രായ ഇതൊന്നും എനിക്കുള്ളതല്ല എനിക്കുള്ളതല്ല ഇതൊന്നും പഠിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കി ചെവി രണ്ടും തുറന്നു വെച്ചു ചിലര് ഭാഗവും അങ്ങനെ കേൾക്കുക ചെവി രണ്ടും തുറന്നു വെക്കുക എന്നാൽ ഒരു ചെവി കൂടെ കേറും അതീ അവിടെ നിൽക്കാതെ മറ്റേ ജീവി കൂടെ പുറത്തു പോകും ഇതുപോലെ കുട്ടി ഗുരുക്കന്മാരുടെ വിദ്യാഭ്യാസം ഒക്കെ എന്ത് ചെയ്തു ഇടയ്ക്കൊരു ഫിൽറ്ററിംഗ് ചെയ്തില്ല അതർത്ഥം ഇത് കുറച്ചു അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചില്ല നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേകത കേട്ടാ അവിടെ ഫിൽറ്റർ ചെയ്യും വേണ്ടത് കേട്ടാ എന്താന്ന് രാവിലെ ആൾ പറഞ്ഞത് ഇതൊരു കാര്യമാണ് ഫിൽറ്റർ ചെയ്തില്ല പോയി സംഗതി പോയി അപ്പൊ വേണ്ടത് അങ്ങനെ ഒഴിഞ്ഞു പോവും വേണ്ടാത്തതാണെങ്കിലോ ജന്മജന്മാന്തര ഓർമ്മ വരി അവിടെ പിടിച്ചു വെച്ചുകൊള്ളി പറയാം ഇതുപോലെ ഈ കുട്ടി വേണ്ടാത്തതൊക്കെ നമ്മൾ വേണ്ടതോ വേണ്ടാത്ത പിടിച്ചു കുട്ടി വേണ്ടാത്തതൊക്കെ അടിച്ചുവിട്ടു എല്ലാ തുറന്നു സർവം അഭാകുറുവൻ ഇതൊന്നും എനിക്ക് പഠിക്കേണ്ടതല്ല ഒന്നു മാത്രമേ പഠിക്കേണ്ടു അവതരണഭക്തിയാ തന്റെ മനസ്സ് ഭഗവാനെ സ്മരിച്ചാൽ മാത്രം മതി എന്നവിടെ ഉറപ്പിച്ചു എന്നിട്ടോ അതീദേഷ ശശ്രേഷ്ഠം ഹിമി പരിപ്രഷ്ടേനേ പവൽഭക്തിരയാ അഭിഗതതി പരയാ കുലതൃതീ ഗുരുഭ്യോ റോഷിവാ സഹജമതിരസീതിയാൻ യദനുഗവൽ പാദശരണ അങ്ങനെ കുട്ടിയെ ഒരിക്കൽ ഗുരുകുലത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോ അച്ഛൻ ചോദിക്കുകയാണ് മടിയിലിരുത്തിക്കൊണ്ട് തനേനോട് ചോദിക്കുകയാണ് എമിതി ശ്രേഷ്ഠം പഠിച്ചതിലേതാ ശ്രേഷ്ഠം ഗുരുക്കന്മാരെ പറഞ്ഞില്ലേ പലതും ഹിരണിശു പ്രതീക്ഷിക്കുന്നത് കുട്ടി പറയും അച്ഛനാണ് ലോകത്തിന് നാഥൻ അച്ഛനാണ് ലോകചക്രം തിരിക്കുന്നത് അച്ഛനില്ലെങ്കിൽ പ്രപഞ്ചത്തിന് ശ്വാസമില്ല ഇതൊക്കെയാണ് ഗുരുക്കന്മാർ പറഞ്ഞുകൊടുക്കുന്നത് ഇതൊക്കെയാണ് കുട്ടി പറയാതെ വിചാരിച്ചത് കുട്ടി പറയുന്നത് വേറെ വലിയതാണ് എന്താ പറയുന്നത് പറയുന്നു ഏറ്റവും ശ്രേഷ്ഠമായത് ഭവൽ ഭക്തി വരിയാം ഭഗവാനിലുള്ള ഭക്തിയേക്കാൾ ശ്രേഷ്ഠമായി ഇവിടെ യാതൊന്നും ഇല്ല അവിടെയാണ് കുട്ടി പറഞ്ഞു കൊടുക്കുന്നത് അച്ഛന് നവതാഭക്തി ഏതാണത് ശ്രവണം കീർത്തനം വിഷ്ണോ മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണോ ഭക്തിശ്ചേ നവലക്ഷണ ഒൻപത് ലക്ഷണങ്ങളുള്ള ഭക്തി ഏതൊക്കെയാണ് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ശ്രവണത്തിൽ തുടങ്ങി അവസാനം എവിടെ എത്തണം തന്നെ തന്നെ ഭഗവാനിൽ സമർപ്പിച്ച് താനും ഭഗവാനും ഒന്നായിത്തീരുന്നൊരവസ്ഥ അപ്പൊ താനും ഭഗവാനും ഒന്നാവണമെങ്കിൽ ഭഗവാന്റെ സുഹൃത്താവണം ഭഗവാന്റെ ദാസനാവണം ഭഗവാനെ പൂജ ചെയ്യണം ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ മനസ്സിനെ നാമസങ്കീർത്തനത്തിലൂടെ നടുപ്പിക്കണം ഇങ്ങനെ വേണം ഭഗവാനിലേക്ക് പൂർണ്ണമായി തന്നെ സമർപ്പിക്കേണ്ടത് എന്നുള്ള ഭക്തിയേക്കാൾ വലുതായി ഇവിടെ മറ്റൊന്നുമില്ല അവിടെ അച്ഛന് യാതൊരു സ്ഥാനവുമില്ല എന്നൊക്കെ കേട്ടപ്പോ ഗുരുഭ്യോരോഷിത്വ ദേഷ്യം വന്നു ഗുരുക്കന്മാരെടുത്ത് നിങ്ങളെന്താ ഔട്ട് ഓഫ് സിലബസ് ആണ് പഠിപ്പിച്ചത് അപ്പൊ അവർ പറഞ്ഞു ഇവൻ സിലബസിലില്ലാത്തതാണ് പറയുന്നതെന്ന് ഇതൊന്നും ഞങ്ങൾ പഠിപ്പിച്ചതല്ല അപ്പൊ മകനോട് ചോദിച്ചു എവിടുന്നാണോ അതിലേക്ക് കിട്ടുന്നത് അപ്പൊ കുട്ടി പറയാണ് പശുക്കളൊക്കെ കണ്ടിട്ടില്ലേ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ അയമർക്കും ഇതുപോലെ എന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ താനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പൊ മനസ്സിലായി ഇതുപോലെ കുറെ വരാനുണ്ടായിരിക്കും നീന്ന് അതൊക്കെ വരുന്നതിന് മുമ്പ് തന്റെ കുഞ്ഞിട്ട് തീർത്തു കളയാം അതുകൊണ്ട് സഹജമതി അസ്ഥീതിഭവൻ വധോപായം ഈ കുട്ടിയെ കൊന്നുകളയാം എന്ന് കരുതിയിട്ട് ഇങ്കരന്മാരെ ഏൽപ്പിച്ചു അവരാണെങ്കിലോ സ ശൂലൈരാവിദ്ധ സുബഹു വതിരോതിജഗണൈ ദിഗ്ഗജഗണേ മഹാസത് അശനസരാഹാര വിദുതാ ഗിരീന്ദ്രോക്ഷി അഹ പരമാത്മന്യ വിഭോന്യസ്തൊക്കൽ ഇമവി നമവദ പരാത്മൻ വിഭോ ഏ ഗുരുവായൂരപ്പ അവിടുത്തെ പരമഭക്തനായ പ്രഹ്ലാദനെ ശൂലേയാവിദ്ധ ശൂലം കൊണ്ട് കൊത്തിക്കൊല്ലാൻ നോക്കി സാധിച്ചില്ല ദിഗ്ഗജഗണേ സ്വബഹുമതിത ഗജങ്ങളെക്കൊണ്ട് ചവിട്ടിക്കൊല്ലാൻ നോക്കി സാധിച്ചില്ല മഹാസപ്തി ദ സർപ്പങ്ങളെക്കൊണ്ട് കൊത്തിച്ചു നോക്കാൻ നോക്കി അനശ അവര് ഭക്ഷണം കൊടുക്കാതെ നോക്കി വിഷം കലർത്തി നോക്കി നഗരഹാരവിധുത ഗ്രീൻ ധ്രുവക്ഷിപ്ത പർവ്വതത്തിന് മുകളിൽ താഴെയിട്ടുനോക്കി എന്തെല്ലാം ചെയ്താലും എവർ വിനു പീഡാം അവനെ ഒരു തരത്തിലും പീഡിപ്പിക്കാൻ അച്ഛനോ ആ കിങ്കരന്മാർക്കോ സാധിച്ചില്ല കാരണം അവനെ അത്രമാത്രം അവിടുന്ന് സംരക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാണ് ആ കാരുണ്യം ആരുടെ കൂടെ പലപ്പോഴും ഭഗവാൻ അവതരിക്കുമോ എന്നുള്ള ചോദ്യത്തിനുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഭഗവാൻ ഏത് വിധത്തിലൊക്കെ അവതരിക്കുന്നു ഭഗവാൻ അവതരിക്കുമോ എന്നുള്ള കാര്യത്തിൽ പലരും പല സംശയങ്ങളുള്ളവരാണ് ഭഗവാൻ അവതരിക്കാൻ ഇന്ന രൂപം ഏത് രൂപം വേണമെങ്കിലും ഭഗവാൻ എപ്പോ വേണമെങ്കിലും എടുക്കാൻ സാധിക്കും പാഞ്ചാലിയുടെ മുന്നിൽ പാഞ്ചാലിയുടെ മുന്നിൽ വസ്ത്രരൂപത്തിൽ ഭഗവാൻ വരാൻ സാധിക്കുമെങ്കിൽ പ്രഹ്ലാദനെ ഈ വിധത്തിലും രക്ഷിക്കാൻ ആർക്ക് സാധിക്കും ഇതിനെക്കുറിച്ച് ഭാരതത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു പണ്ട് അക്ബറുടെ കാലത്ത് പൊതുവെ മുസ്ലിങ്ങളുണ്ടല്ലോ അവതാരങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാത്തവരാണ് അവർ പറയുന്നത് ഭഗവാൻ എന്ന് പറയുന്ന ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് നിർഗുണ രൂപമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഈശ്വരനെ രൂപത്തിൽ ആരാധിക്കുന്നതൊക്കെ ഈശ്വരൻ നിന്ദയാണ് അതുകൊണ്ടാണ് ഹിന്ദുക്കളുടെ വിഗ്രഹാരാധന മുസ്ലിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പലപ്പോഴും അവർ നമ്മളെ എതിർക്കുന്നത് ഇതിനെക്കുറിച്ചൊരിക്കൽ അക്ബർ ഒരു ചർച്ചയിലിടപെട്ടു നിങ്ങളിങ്ങനെ ഈശ്വരനെ താഴ്ത്തരുത് സർവത്ര നിറഞ്ഞിരിക്കുന്ന സർവാധാര സർവശക്തനായിരിക്കുന്ന ഈശ്വരനെ മനുഷ്യന്റെ നിസ്സാര കാര്യങ്ങൾക്കെല്ലാം രക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾ ഈശ്വരനെ താഴ്ത്തില്ലേ ചെയ്യുന്നത് ഈശ്വരനെ നിങ്ങളെ മനുഷ്യന്റെ തലത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഈശ്വരനെ എന്തിക്കുന്നത് ശരിയാണോ എന്നുള്ളത് അക്ബർ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ മഹാമന്ത് ബുദ്ധിമാനായിരുന്ന മന്ത്രിയായിരുന്ന ബീർബൽ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ ഇതിനുത്തരം ബീർബൽ പറഞ്ഞു ഞാൻ ഇപ്പം തിരഞ്ഞില്ല സമയം വരുമ്പോൾ തരാറ് അപ്പൊ ഒരു ദിവസം വൈകുന്നേരം ബീർബൽ അക്ബരോട് പറഞ്ഞു നമുക്കൊന്ന് നടക്കാൻ പോവുമല്ലേ ലഭിച്ചു ബീർബൽ പറഞ്ഞ റെഡി അക്ബർ അക്ബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തിയാണ് അത്ര ഹേമനാണല്ലോ അതേ അവരിങ്ങനെ ഗംഗയുടെ തീരത്തോട് നടക്കരുത് നടക്കുന്ന സമയത്ത് ഒരു തോണി കണ്ടു ഗംഗയിൽ അപ്പൊ ബീർബൽ പറഞ്ഞു ഏയ് രാജൻ കാണുന്നില്ലേ ഒരു തോണി ഓ കാണുന്നു ആരാതിൽ ബീർബൽ കൊട്ടാരത്തിന് തോഴി കൊട്ടാരത്തിന് തോഴിയാണ് തോണിയിൽ അവരുടെ കയ്യിലെന്താണ് വൈകുന്നേരമാണ് കുറച്ചു ദൂരെയാണ് അവര് കുറച്ചുകൂടി അടുത്തെത്തിയത് നമുക്ക് കാണാം എന്താ കാണുന്നത് അക്ബറുടെ പുത്രനാണ് തോണിയിലുള്ളത് ഗംഗയിൽ നല്ല ഒഴുക്കുണ്ട് അക്ബർക്ക് പേടി ആരാ ഇവിടെ കൂടി ഈ കുട്ടിയെ കൊണ്ട് തോണിയിലിരുത്താൻ പറഞ്ഞത് ഉടനെ അക്ബർ പറഞ്ഞു ബീർബൽ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുട്ടിയെ കൊണ്ടുപോവാറുണ്ട് കുട്ടിക്ക് ഒരു ഉല്ലാസായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് ഇപ്പൊ വൈകുന്നേരം മൈതാനത്തിലൊക്കെ നടക്കാൻ ഇഷ്ടമാണല്ലോ അതുപോലെ തോണിയിലൊരു യാത്ര അപ്പൊ ഇത് കേട്ടപ്പം അക്ബർക്ക് സമാധാനമായി പല ദിവസങ്ങളിൽ പോവാറുണ്ടെങ്കിൽ കുഴപ്പമില്ല പെട്ടെന്ന് തോണിക്കാരന്റെ കയ്യിൽ നിന്ന് തോണി അവിടെ വിട്ടുപോയി തോഴ കയ്യിൽ നിന്ന് പോയി ഒഴുക്കിൽ പെട്ടുപോയി തോണി ഒഴുക്കിൽ പെട്ടതും തോണി അത് ആ പെട്ടെന്ന് അങ്ങോട്ടിങ്ങോട്ട് വിളയുന്നു തോഴിയുടെ കുട്ടി വീണു അക്ബറത് കാണുന്ന മാത്രയിൽ ഗംഗയിലേക്ക് ചാട്ടം ആ കുട്ടിയെ എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് നീന്തി എങ്ങനെങ്കിലൊക്കെ ആ കുട്ടിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുമ്പോ അത് കുട്ടിയായിരുന്നില്ല അതൊരു ബൊമ്മയായിരുന്നു പറയേണ്ട കുട്ടിയെപ്പോലെ ഒരു ബൊമ്മ ഉണ്ടാക്കിയത് ആ കയറി വരുന്ന സമയത്ത് ബീർമല് ചോദിക്കാൻ അക്ബറോട് ഒരു പുത്രനെ രക്ഷിക്കാൻ ചക്രവർത്തിയായ ഒരു വെള്ളത്തിലേക്ക് ചാടാൻ സാധിക്കുമെങ്കിൽ തന്റെ ഭക്തനെ രക്ഷിക്കാൻ ഈശ്വരൻ രൂപവും എടുക്കാൻ സാധിക്കില്ലേ എന്ന് മനസ്സിലായില്ലേ ഒരു ചക്രവർത്തിയായ രാജാവിന് തന്റെ പുത്രനെ രക്ഷിക്കാൻ എല്ലാം മറന്ന് ചക്രവർത്തിയാണെന്ന കാര്യം പോലും മറന്ന് വെള്ളത്തിലേക്ക് ചാടാൻ സാധിക്കുമെങ്കിൽ സർവശക്തനായ ഭഗവാന് തന്റെ ഭക്തനെ രക്ഷിക്കാൻ ഏത് രൂപം വേണമെങ്കിലും എടുക്കാൻ സാധിക്കും പിന്നെ വീർബലിനോട് ചോദിച്ചില്ല ഈ ചോദ്യം അപ്പൊ ഭഗവാൻ എങ്ങനെ വേണമെങ്കിലും അവതരിക്കാം ഇവിടെ പല അപകടത്തിൽ പ്രഹ്ലാദനെ ഭഗവാൻ ഗുരുവായൂരപ്പൻ കാത്തു നമ്മൾ ഭഗവാനെ മുറുകെ പിടിച്ചു ഭഗവാൻ കൈവിടിക്കുക പക്ഷെ മുറുകെ പിടിക്കണം ഭഗവാൻ ഗുരുവായൂരപ്പനുള്ളൊരു വിഷമെന്താന്ന് വെച്ചാൽ കടുത്ത പരീക്ഷണത്തിലൂടെ ഭഗവാൻ നോക്കും പിടിക്കുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ അതായത് നിങ്ങളൊരു വീട്ടിൽ ഒരു യാചകന്റെ കഥ പറയുക വെച്ചാൽ ഒരു യാചകൻ ഒരു വീട്ടിൽ ഭക്ഷണത്തിന് വരുമോ അപ്പൊ ഭക്ഷണം കൊടുക്കണില്ല അയാൾ പറയാണ് നിനക്ക് തരില്ല ഇവിടെ കണ്ട യാചകന്മാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സ്ഥലം തരില്ല എന്ന് പറയുക അയാൾ അപ്പൊ അടുത്ത വീട്ടുകാരെ വിളിച്ചിട്ട് പറയുള്ളത് അവിടെ വരും ഞാൻ തരാം ഭക്ഷണം എന്ന് അപ്പൊ ഇദ്ദേഹം പറയാണ് എനിക്ക് നിങ്ങളുടെ ഭക്ഷണം വേണേ ഞാൻ അവിടുന്നേ കഴിക്കുള്ളൂ എന്ന് ഇങ്ങോരടുത്തേ ഭക്ഷണം കഴിക്കുള്ളൂ അയാൾ എവിടുന്നും കഴിക്കാതെ തിരിച്ചുപോടും രണ്ടാമത്തെ ദിവസവും അതേ സമയത്ത് മുതലാളിയുടെ വീട്ടിൽ വരുന്നു ഭക്ഷണത്തിന് ഇദ്ദേഹം വടിയും പിടിച്ചിട്ടാണ് നിൽക്കേണ്ടത് ദുഷ്ടൻ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇവിടെ കയറി വേണത് എന്ന് അല്ലെങ്കിൽ നടക്കുന്നവർക്കുള്ള സ്ഥലമാണോ അത് ഞാനാർക്കും ഭക്ഷണം തരാൻ പോകുന്നില്ലേ ഇറങ്ങിപ്പോടാന്ന് അപ്പൊ അടുത്ത വീട്ടുകാർ പറയാണ് ആ മനുഷ്യൻ നന്ദിയില്ലാത്തവനാണ് അയാൾക്ക് കൊടുക്കണ സംസ്കാരം ഇല്ല നീ ഇങ്ങോട്ട് വാഞ്ഞാൻ തരാന്ന് ഒരുവിധം ബോധമില്ലാത്തവൻ എന്ത് ചെയ്യും അവിടെ പോയി മേടിക്കും എന്നാൽ ഇദ്ദേഹം പറയാണ് ഞാൻ അയാളെടുത്തുന്നേ കഴിക്കുള്ളൂ എനിക്ക് നിങ്ങളുടെ ചോറ് വേണ്ട അയാൾ തിരിച്ചുപോകും മൂന്നാമത്തെ ദിവസം അതേ അയാൾ കയറിച്ചല്ലോ എങ്കിൽ മറ്റാള് പട്ടിയും പിടിച്ചനാ നിൽക്കണത് കയറി വന്ന അപ്പം പട്ടിയും വിടുന്ന നിന്നോട് ഞാൻ രണ്ടു ദിവസമായി പറയുന്നു കയറി അപ്പോഴേ ഇയാളെ ഇറങ്ങിപ്പോകുന്നു പട്ടിയെ കണ്ടിട്ട് അപ്പൊ മറ്റാൾ വേറെ നാണന ഇല്ലേ നിനക്ക് പട്ടിയേക്കാളും മോശമാണെന്ന് തോന്നി ഇവിടുന്ന് ഇവിടെ വാങ്ങിച്ച് കഴിച്ചിട്ട് പോ എന്തിനാ അയാളെ ആശ്രയിക്കണത് അപ്പൊ ഇയാൾ പറയാണ് അയാൾ എന്നെ ആട്ടിയാലും ഞാൻ അവിടനെ കഴിക്കുന്നു നാലാമത്തെ ദിവസം പോകുന്നു അന്നും അയാള് ചീത്ത പറഞ്ഞുകൊണ്ട് പറയുകയാണ് തരില്ലേ നിനക്ക് അപ്പൊ ഇയാൾ പറയാണ് നിങ്ങളെ കൈയിൽ നിന്നല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ലയാണ് ഇന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ ഇയാളെ കളിയാക്കിയത് ഇയാൾ കഴിക്കുന്നില്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസം അയാൾ കയറി വരുമ്പോ നല്ല സദ്യ ഒരുക്കിയിട്ടുണ്ടാവുന്നവരിക കാരണം അങ്ങോർക്ക് മനസ്സിലായി ഇയാള് മറ്റൊരിടത്തു നിന്നും ഭക്ഷണം കഴിക്കില്ല എന്റെ അടുത്തുനിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ള അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒരിക്കലും കൈവിടില്ല ഇതുപോലെ ഭഗവാൻ ആട്ടും ആട്ടിയോടിക്കും പക്ഷെ ചിലരൊക്കെ ആ ആട്ടൽ കണ്ടാൽ മറ്റുള്ളിടത്ത് പോയി കഴിക്കാൻ പോവും എന്നാൽ ഏതൊരു ഭക്തനാണോ ഞാൻ അങ്ങയല്ലാതെ മറ്റൊരാളെയും ശ്രയിക്കില്ല എന്ന് എത്ര ചവിട്ട് കൊണ്ടാലും കുത്തുകൊണ്ടാലും വിടാത്തത് അവരെ അവസാനം ഭഗവാൻ കൈവിടില്ല കാരണം പിന്നെ ഭഗവാൻ മനസ്സിലായിട്ട് ഇവൻ എന്നെ അങ്ങനെ വിടില്ലയെന്നുള്ളത് അത് ഉറപ്പ് വന്നു പിന്നെ നിങ്ങളുടെ കാര്യം ആര് നോക്കി പിന്നെ നിങ്ങൾക്ക് പട്ടുവെത്ത് തന്നു കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നീ എവിടെയും അവിടെ കിടന്നു കൊള്ളൂ അതുവരെ അദ്ദേഹം നോക്കും വടിയെടുത്ത് നോക്കും പല പല പരീക്ഷണങ്ങളിലൂടെയും വിധേയരാക്കും അപ്പൊ ബഹുഭൂരിപക്ഷ ആളുകൾക്ക് എന്താ പരീക്ഷ നഷ്ടമല്ല അവരെന്ത് ചെയ്യും ചോറ് തരില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ അടുത്ത ഡോറിൽ പോയി കത്തി അതാണ് പല അമ്പലങ്ങളിലേക്ക് ഓടുന്നത് പലരും ഒരമ്പലത്തിൽ കെട്ടുന്നില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ അടുത്ത അമ്പലത്തിലേക്ക് പോയി അപ്പൊ നമുക്ക് ആ മുറുകെ പിടിക്കാനുള്ള ഒരു ദൃഢത അത് നഷ്ടപ്പെടുമ്പോഴായിരിക്കാം ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നതും നഷ്ടപ്പെടുന്നത് അതുകൊണ്ടൊരു ഭക്തൻ ശരിക്കുള്ള ഭക്തൻ എന്ത് വേണം ഒരിക്കൽ പിടിച്ചാൽ പിന്നെ അത് വളരെ പരീക്ഷണങ്ങൾ പരീക്ഷിച്ചാലും ഞാൻ അങ്ങയെ മുറുക പിടിച്ചിരിക്കും ഗുരുവായ ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ആര് വരണം ഭഗവാൻ നന്നേ പറ്റുള്ളൂ കാരണം അദ്ദേഹത്തിന് നിവൃത്തിയില്ല അദ്ദേഹം അടിമയെ തീർന്നു ഭഗവാൻ പറയുന്നുണ്ട് എന്നെ മുറുകെ പിടിക്കുന്ന ഭക്തന്റെ ദാസനാണ് ഞാൻ അഹം ഭക്തപരാധീന ഹി അശ്വതം നാളെ കഥകളൊക്കെ ഞാൻ ദാസനാണത് ഇപ്രകാരം പ്രഹ്ലാദനെ ഭഗവാൻ അനുഗ്രഹിക്കാൻ നിശ്ചയിച്ചു എന്നിപ്പോ പദശങ്കാവിഷ്ട സ പുനരതിദുഷ്ടോസ്യ ജനകോ ഗുരുക്കാതദ്ഹേ അരുണവാശേ തണൽ ഗുരുചാസാരി പുനരനുഗാദൈത്യതയാൻ വവൽഭക്തി സരമവിജ്ഞാനവശിഷൽ അങ്ങനെ പിതാവ് കൊല്ലാൻ നിശ്ചയിച്ച് പരാജയപ്പെട്ടപ്പോൾ ഗുരുക്കന്മാരെ വീണ്ടും പിടിച്ചുകൊണ്ടുപോയി കുട്ടിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുണപാശം കൊണ്ട് കെട്ടിയിട്ടു എന്നാണ് പറയുകയാണ് വരുണഭാഷയിൽ വരുണഭാശം കൊണ്ട് ആ കുട്ടി കെട്ടിയിട്ട സമയത്ത് കെട്ടിയിട്ടപ്പോ ഗുരോഹോ അസാന്നിധ്യേ ഒരു ദിവസം ഗുരുക്കന്മാര് സ്ഥലത്തില്ലാത്ത സമയം നോക്കിക്കൊണ്ട് അരുകാൻ ദൈത്യതനയാൻ അവിടെ കൂടെയുണ്ടായിരുന്ന ദൈത്യകുട്ടികളെ ഈ പ്രഹ്ലാദനം എന്ത് ചെയ്തു വൽഭക്തേ തത്വം പരമവിജ്ഞാനം അശിഷൽ ഗുരുവിനെ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ഭഗവാന്റെ തത്വം ആ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കുട്ടികളോട് പറഞ്ഞു അച്ഛനെയല്ല ആശ്രയിക്കേണ്ടത് ആശ്രയിക്കേണ്ടത് ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത് കാരണം ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നിരന്തരമായി ഇരുന്നു കൊണ്ട് പുറമെയുള്ള വായുവിനെ അകത്തിക്കുന്നതും ഈ ശരീരത്തെ മുഴുവൻ നിലനിർത്തുന്നത് അച്ഛനല്ല ഈ ശരീരത്തെ നിലനിർത്തുന്നത് മുഴുവൻ ഗുരുവായൂരപ്പനാണെന്ന ബോധം ആ കുട്ടികളിൽ ഉറപ്പിച്ച് കുട്ടികളെ ഈശ്വരൻ തന്നെ അവനവന്റെ ഈ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് അച്ഛനും അമ്മയും ത്വമേവ മാതാജ്ഞ പിതാത്വമേവ ത്വമേവ ബന്ധുശ്ചസാത്വമേവ ത്വമേവ വിദ്യാ സർവം മമ ദേവദേവ എന്നെല്ലാം പറഞ്ഞു പഠിപ്പിച്ചുകൊടുത്തു ഇത് കേട്ടിട്ടോ ഗുരുക്കന്മാരിത് കേൾക്കുകയാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചുകൊടുത്ത് അവരെക്കൊണ്ട് നാമോച്ചാരണം ചെയ്യിച്ചു എല്ലാവരും ഉച്ചത്തിൽ നാരായണ നാരായണ നാരായണ നാരായണ ജപിക്കുകയാണ് ഇത് കേട്ടുകൊണ്ടാണ് ആര് വരുന്നത് ഗുരുക്കന്മാര് എന്നത് പിതാ ശൃൻ ബാലപ്രകരമഖിലം കൽസ്തുതി പരം രുഷാന്താഹൈല കുലഹത കെ ബലമിരി ബലം മേ വൈഗുണ്ഡ അവജാം ആ പിതാവ് ഗുരുക്കന്മാരിൽ നിന്നും മനസ്സിലാക്കി കുമാരന്മാരെല്ലാം തൊൾ സ്തുതിപരം സുണ്ടൻ ഭഗവാനെയാണ് സ്തുതിക്കുന്നത് ഇപ്പോ ഇരണ്യകശുവിന്റെ നാമം പോലും അവർ ജപിക്കുന്നില്ല ഇരണ്യകശുവിനെ അവർ വിലവെയ്ക്കുന്നില്ല സർവം അവരുടെ മനസ്സ് മുഴുവൻ ഗുരുവായൂരപ്പനയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് കേട്ടതും ഹേ കുലഹതഹ എടാ കുലനശിപ്പിക്കുന്നവനെ കഹ നിനക്ക് എവിടുന്നാണ ഈ ബലം ആരാണ് ഈ ശക്തി തരുന്നത് എന്നെല്ലാം ഇങ്ങനെ അലറിയപ്പോ കുട്ടി പറയുന്നു എന്റെ ബലം ഗുരുവായൂരപ്പനാണ് എന്റെ ഫലം ഭഗവാൻ തന്നെയാണ് എന്റെ മാത്രമല്ല തമച അങ്ങയുടെയും ബലം എന്തിനേറെ ജഗദാം ഈ ജഗത്തിലുള്ള എല്ലാവരുടെയും എന്തിനേറെ ത്രൈലോക്യം ത്രിലോകത്തിലുള്ളവർക്ക് പോലും ബലം ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണ് സേവ ഇപ്രകാരം ഉറക്കെ അച്ഛനോട് പ്രഖ്യാപിച്ചു അച്ഛൻ പീഡിപ്പിച്ചിട്ടും കൊല്ലാൻ ശ്രമിച്ചിട്ടും കുട്ടിയുടെ മനസ്സിനെ തളർത്താൻ ഇരണ്ടുകശുമുന് സാധിച്ചില്ല അത്രമാത്രം കുട്ടിയുടെ മനസ്സ് ആരെ മുറുകെപ്പിടിച്ചു ആ ഗുരുവായൂരപ്പനിൽ മുറുകപ്പിടിച്ചു പറയാണ് പേടിച്ചില്ല പറയാണ് എന്നിട്ടോ ഹരേ വാസൂ ക്വാസൂ സകല ജഗദാത്മാ ഹരിതംഭം ഹരിതകരവാളോ അത പശ്ചാത്തൽപാത്മൻ വിശ്വാത്മൻ അവനപുരവാസിൻ നിടയമാം ഹരി ക്വാസോ ക്വാസോ ദിതിസുധ ഈ ദിതിസുധനായിരിക്കുന്ന ഇരേണ്ടിയുടെ കച്ചിപ്പു തന്റെ വാള വലിച്ചോങ്ങിക്കൊണ്ട് ചലിതകരവാള ഉച്ചത്തിൽ അലവാണ് അസോ ഹരി ഈ സകല ജഗത്തിലും ആത്മാവായിരിക്കുന്ന ഹരി എവിടെയാണ് എവിടെയാണ് വിഷ്ണു എവിടെയാണ് ഗുരുവായൂരപ്പൻ അസോക്ക എവിടെ എവിടെ എന്നിങ്ങനെ അലറിക്കൊണ്ട് ഇതി ഉക്ത സ്തംഭം പ്രവിതേ എടാ നിന്റെ വിഷ്ണു ഈ കാണുന്ന തൂണിലുണ്ടോ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൂണിന്റെ നേരെ ചെന്നുകൊണ്ട് അതാ തൂണിന് നേരെ ആ ഞോങ്ങിക്കൊണ്ട് ഒന്ന് പ്രഹരിച്ചു എന്ന് പറയാണ് അങ്ങനെ ഒരു ഹരിയുണ്ടെങ്കിൽ എനിക്ക് കാണണമെന്ന് ആ സമയത്ത് ത്രിഭുവനങ്ങളെ രപ്തിക്ക് മാറി ആ തൂണ് പിന്നെ എന്താ ഉണ്ടായതെന്ന് പറയാൻ ഹേ വിഷ്ണു അഹം അശക്ത എനിക്ക് പറയാൻ ശക്തി പോര ഗുരുവായപ്പ ഏതായാലും സകല ഭുവനത്തിനും ആശ്രിതനായിരിക്കുന്ന എല്ലാവരുടെയും ആത്മാവായിരിക്കുന്ന ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും അനുഗ്രഹിച്ചാലും എന്ന് പട്ടതിരിപ്പാട് പറയാണ് ഇനി ഭഗവാന്റെ ആ ഘോരമായ ഉഖ്രമായ രൂപം ഇതാ സന്ധ്യാസമയത്ത് പ്രകടമായി എന്ന് ഇരുപത്തിയഞ്ചാമത്തെ ദശകത്തിൽ പെട്ടതിരിപ്പാട് പറയുന്നു സ്തംഭേ കട്ടയദോ ഹിരണ്യകശിപോ കർണോ സമാചൂർണയൻ ആഗൂർണജ്ജദണ്ഡകുണ്ടകുഹരോ ഗോരസ്ഥൂദ്രവായം കില ദൈത്യരാജസതേ പൂർവം കിശ്രുധം കമ്പ കശന സമ്പാദലിതോവി അമ്പോജപോ വിഷ്ടരാൾ ോ ഹിരണ്യകശുപോ ആ സ്തംഭത്തിൽ ആ നോങ്ങിക്കൊണ്ടൊരു ഇടിയിടിച്ച ആ ഹിരണ്യകശുപുവിനെ കർണോ സമാചുർണ്ണയൻ ചെവികളെ പൊട്ടിക്കുമാറ് ആഗൂർണ ജഗദണ്ഡുണ്ടകുഹരം ഈ ഭൂമിയെ തന്നെ എട്ട് തിക്കുകളെയും ഞെട്ടിക്കുമാറ് അതാ അവിടെ നിന്ന് രമോ അപൂത് ഉഗ്രമായൊരലർച്ച കേട്ടു ഏതാണത് പൂർവം കഥാവ്യശ്രുതം ഇതുവരെ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല എല്ലാവരും ദൈത്യരാജഹൃദയ ഈ ദൈത്യരാജനായിരിക്കുന്ന ഹിരണ്യകശു പോലും ആ ശബ്ദം കേട്ട് പേടിച്ചുപോയി ആ രൂപത്തിൽ ആ തോണിൽ നിന്നും അതിഘോരമായ രൂപം പുറത്തേക്ക് പ്രകടമാവുന്നു ആരാണ് ആ രൂപം ദൈത്യേദിക്ഷുവിശിഷ്ടചക്ഷുഷിവ സംരംഭിണി സമ്പദ സംഭൂതം നമഗാത്മകം നമുകാരം വപുസ്തേ വിഭോ കിം വീഷണമേതദ്തയുഭാതിത്തെ സുരേ വിസ്ഫൂർജ് തവണോഗ്രോമവികസൽ വശ്മാ സമാധംബദ അഘോരമായ നരസിംഹരൂപം തൂണിലൂടെ പ്രകടമാവാണ് ഹരോരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ സർവത്രോവിനാമസീർത്തനം ണീധൈത്യേ ദിക്ഷുവിശിഷ്ടചക്ഷുഷി വേടിച്ചുപോയ ഹിരണ്യകശു ആനാ ദിക്കിലേക്ക് നോക്കി എന്താ ഈ ശബ്ദം കേട്ടത് എവിടെ നിന്നാണ് ഈ ഘോരമായൊരലർച്ച കേട്ടത് അപ്പോഴാണ് തോണിലേക്ക് ശ്രദ്ധ വന്നത് ആ തോണിൽ കാണുന്നത് തീക്കട്ട പോലുള്ള രണ്ട് രക്തക്കണ്ണുകള് കൂർത്ത മൂർത്ത നഖങ്ങള് വെളുത്ത രോമങ്ങള് കൂർത്ത പല്ലുകള് ചുവന്ന നാവ് നീണ്ടുവരുന്നൊരു നാവ് ഇതെല്ലാം കണ്ടപ്പം മനസ്സിലായി മൃഗാത്മകം ദേവലം മൃഗം മാത്രമല്ല ഇന്ന മനുജാകാരം കേവലം മനുഷ്യരൂപവുമല്ല ഇത് രണ്ടും കൂടി ചേർന്നിരിക്കുന്ന ഭഗവാന്റെ ആ ഭീപത്സമായ ഘോരമായ ഉഗ്രമായ ആ നരസിംഹരൂപത്തെ കണ്ട് സമ്പ്രദസംഭൂതം പേടിച്ചുപോയി ഇങ്ങനെയൊരു രൂപമുണ്ടോ എന്ന് കിം കിം ഏതൽ ഇതെന്താണ് ഇതെന്താണ് ഇങ്ങനെ രൂപം എന്നെല്ലാം വിഭ്രാന്ത ആ രണ്ടി കശു പേടിച്ചു വരെയാണ് ഭഗവാനാണെങ്കിലോ ആ ഘോരമായ ഉഗ്രമായ ഭീകത്സമായ രൂപത്തെ കാണിച്ചുകൊണ്ട് അവിടുന്ന് ഉച്ചത്തിൽ അലരാൻ തുടങ്ങി ഭഗവാൻ ആ രൂപം എങ്ങനെയായിരുന്നു സപ്തസ്വർണ സവർണാക്ഷംഖം ജിഹ്വാർഗമദൃശ ദൃശ്യമാനസുമ ദാ യുഗോടാമരം സ്വർണം ചുട്ടുപഴിപ്പിച്ചാൽ എങ്ങനെയിരിക്കുമോ അതുപോലെ തിളങ്ങുന്ന തീക്കട്ട പോലുള്ള രണ്ട് ഉഗ്രമായ കണ്ണുകൾ രൂക്ഷാക്ഷം അതുപോലെ തന്നെ വായ പൊളിച്ചപ്പോഴോ ആകാശം പിളർന്നതുപോലെ തന്നെ വലിയൊരു ആയ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എന്നാണ് ഗഡ്ഗോഗ്ര ഗംഭീരമായൊരു വാള് പോലെ ആ ഭഗവാന്റെ നാവ് കാണാൻ സാധിച്ചു എന്നാണ് പിന്നീടോ മഹാദൃഷ്ട കൂർത്തമൂർത്തിരിക്കുന്ന പല്ലുകളെ കണ്ട് ഇതെല്ലാം കണ്ട് ഹിരണ്ടി കച്ചുപു ഭയന്നുപോയി എന്നാണ് പിന്നിട്ടോ കുൽസർപ്പിരംഗീഷണഹനും ഹ്രസ്വസ്തിരീയസ്തര ഗ്രീവം പീവണദോശദോദ്ഗതഖ കൂരാംശുദൂരോൽപണ വ്യോമോല ലിഗനാഖലോണ പ്രധാന നിർദ്ദാവിത സ്ലു പ്രകരം നവിപവത തം നാരസിംഹം വായ പൊളിച്ചതുകൊണ്ട് വായ എങ്ങനെ തുറത്തിരിക്കയാണ് മുഖത്തുള്ള ചുളിവുകളെ കൊണ്ട് ആ താടിയെല്ലുകളൊക്കെ വളരെ ദീപത്സമായി തോന്നിച്ചു എന്ന് പറയാണ് പിടിച്ചു നിൽക്കുന്ന ആ രൂപത്തെ കണ്ടുകൊണ്ട് വയന്നുപോയി ഹിരണ്ച്ചു പോകും ഗ്രീപം കഴുത്താണെങ്കിൽ കുറുകിയിരിക്കുന്നു വിഴുങ്ങാൻ നിൽക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് നഖങ്ങളാണെങ്കിൽ ക്രൂരമായ നഖങ്ങളൊക്കെ പിടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു ഇപ്രകാരം ഈ പ്രപഞ്ചത്തിലുള്ള സകല അസുരന്മാരെയും പേടിപ്പിക്കുമാറ് സ്വർഗാനുപ്രകരം എല്ലാവരെയും ഭയപ്പെടുത്തുമാറുള്ള നാരസിംഹം തമോ നമാമി അഘോരമായ ബിബൽസമായ ഉഗ്രമായ ഭഗവാന്റെ ഭയാനകമായ നരസിംഹരൂപത്തെ ഞാൻ നമസ്കരിക്കുന്നു മനസ്സിലായി ഹിരണ്യശുവിന് നൂനം വിഷ്ണുരയം വിഹന്യമുദി രാമിൽ ഗതാഭീഷണം ദൈത്യേന്ദ്രം സമവാദ്രവന്തൃത തോവ്യം പ്രദുഭ്യാമും വീരോ നിർഗിതോദഗ്ഠലകൃണ്ണന് വിചിത്രശ്രമാൻ വ്യാപണ്ണൻ പുനരാമവാദഭുവനസ്ത്രസോദ്യതം താമഹ ൂനം വിഷ്ണു ഓനം ഇത് വിഷ്ണു തന്നെ ഇത് ഭഗവാൻ തന്നെ ഉറപ്പിച്ചങ്ങോട്ട് ഇനി ഭഗവാനെ വിടുന്ന പ്രശ്നം നിഹന്മി ഇപ്പോ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഭഗവാന്റെ നേരെ അതാ ഓടി വന്നുകൊണ്ട് ഗത ചുഴറ്റിക്കൊണ്ട് സമുപാധമും ഭഗവാന്റെ നേരെ ഓടി വന്നുകൊണ്ട് ഗത ചുഴറ്റാൻ തുടങ്ങി ഭഗവാൻ അവന്റെ ഗതയൊക്കെ പിടിക്കാൻ ശ്രമിച്ചു അവരാണെങ്കിലോ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട് അതൃത നിർഗളിത ഗഡ്ഗലകെ ഓടിച്ചെന്ന് വാളെടുത്തുകൊണ്ടുവന്നു ഭഗവാന്റെ നേരെ എന്നിട്ട് വെട്ടാൻ തുടങ്ങി ഭഗവാൻ അവന്റെ വാളും അടിച്ചുതരിപ്പിച്ചു ഇങ്ങനെ ഭഗവാൻ അവന്റെ പിന്നാലെ ഓടിക്കൊണ്ട് അവനെ പിടിക്കാൻ ശ്രമിക്കുന്നു അവരാണെങ്കിലോ പ്രാമ്യന്തം പുനരബിഹ്യം നിർഭരഗ എട്ടാം ബുദ്ധോത്സവം ആയം പായമുതൈരയോ ബഹുഗ സംഹാരംഹാരവൻ പീപത്സമായ നരസിംഹരൂപം ആ ഹിരണ്യകശുവിന്റെ പിന്നാലെ ബ്രാഹ്മ്യന്തം തിജിദാധമം അഥവനായിരിക്കുന്ന ഹിരണ്യകശുവിന്റെ പിന്നാലെ ഓടിക്കൊണ്ട് ഒരു നിമിഷം ഭഗവാൻ അവന്റെ മേലെ ഒരു പാമ്പ് എപ്രകാരമാണോ പാമ്പിന്റെ മേലെ ഗരുഡൻ വീഴുന്നത് അതുപോലെ അവന്റെ മേലേക്ക് അവരുടെ വീണു രണ്ടു കൈകൊണ്ടും അവനെ വാരിയെടുത്തു തന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഭഗവാൻ പതുക്കെ പതുക്കെ നടന്ന് ദ്വാരേ നിപാത്യ അവനെ അകത്തു വെച്ചു പുറത്തു വെച്ചു രാത്രിയിൽ കൊല്ലരുത് പകല് കൊല്ലരുത് അവരെ ഭൂമിയിൽ വെച്ച് കൊല്ലരുത് ഇതൊക്കെ അവന് കിട്ടിയിട്ടുണ്ടല്ലോ മരങ്ങള് ഭഗവാൻ തന്റെ മടി വാതിൽപ്പടിയിലിരുത്തിന്റെ തന്റെ മടിയിലേക്ക് അവനെ വിസ്തരിച്ച് അങ്ങോട്ട് കടത്തി എന്നിട്ടോ വക്ഷോഭൂവി നഗരാനുക്കായ തന്റെ കൈകള് അവന്റെ ശരീരത്തിൽ ഉറപ്പിച്ചു വെച്ച് വിരലുകളിൽ അവന്റെ മാറിലേക്ക് കുത്തിയിറക്കിക്കൊണ്ട് കീറിപ്പൊളിച്ച് നിർബിന്ദൻ കീറിപ്പൊളിച്ചു കളഞ്ഞവന്റെ അതിൽ നിന്നും അതിഗർഭദിർഗ രക്താമ്പുബദ്ധോത്സവം അവിടെ നിന്ന് ആ തുളങ്ങി വരുന്നു മുകളിലേക്ക് രക്തം അങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരുന്ന രക്തത്തെ പായം പായം ജഗത് സംഹാരി വലിച്ചു കുടിച്ച് ഭഗവാൻ ഉച്ചത്തിൽ ഉച്ചത്തിൽ അറവിക്കൊണ്ട് എല്ലാവരെയും ഭയപ്പെടുത്തി എന്ന് പറയാണ് ഭഗവാന്റെ മുഖം മുഴുവൻ അവന്റെ രക്തം കൊണ്ട് അറിഞ്ഞു അങ്ങോട്ട് വിവൽസമായ ഒരു രൂപമായി തീർന്നു തെക്വാത്തംഹതമാശുരക്തലഹരിതോന്നീ പ്രത്യുൽപ്പമസ്തൈത്യപടലീ രാഗാദ്യമാനീ ത്യീ ബ്രാഹ്മിൽഭൂമി വിഗമ്പിതുലം വ്യാോലശൈലോൽക്കരം ഓ സൽപ്പൽജനം ചരാചരമോ ദുസ്തവസ്തോ അഥം ഭഗവാൻ അവന്റെ കുടൽമാലകളൊക്കെ വലിച്ചെടുത്തു ആ കുടൽമാലകളൊക്കെ തന്റെ കഴുത്തിലേക്ക് ഇട്ടുകൊണ്ട് ഉച്ചത്തിൽ അലറുന്ന സമയത്ത് അവന്റെ ശരീരത്തിൽ നിന്നു രക്തം കൊണ്ട് ഭഗവാന്റെ മുഖമൊക്കെ നിറഞ്ഞിരിക്കുന്നു ഭഗവാൻ തെക്കഥം വരിച്ചവന്റെ ശരീരത്തെ ദൂരേക്ക് തട്ടി മാറ്റിക്കൊണ്ട് ആ രക്തലഹരിയിലങ്ങനെ ഭഗവാൻ നിൽക്കുകയാണ് ഭഗവാൻ എന്ത് ചെയ്തു സമസ്ത ദൈത്യപടലിം അവന്റെ ആളുകളുടെ നേരിൽ കോടാൻ തുടങ്ങി കിട്ടിയവരൊക്കെ കടിച്ചു തുടങ്ങി ഇപ്രകാരം ഭഗവാൻ ചെയ്യുമ്പോ ഭൂമി പോലും ആകെ താളം തെറ്റിയതുപോലെ കറങ്ങാൻ തുടങ്ങി ബ്രാഹ്മിർഭൂവി എന്തിനു പറയുന്നു ശൈലോല ശിലകളും മലങ്ങളും വൃക്ഷങ്ങളും അതുപോലെ തന്നെ എന്തിനു പറയുന്നു വലിയ വലിയ ശൈലങ്ങൾ പോലും പർവ്വതങ്ങൾ പോലും താളം തെറ്റി ആടാൻ തുടങ്ങി എന്തിനു പറയുന്നു ഖചരം ചരാചരം നക്ഷത്രങ്ങൾക്ക് പോലും സ്ഥാനം തെറ്റാൻ തുടങ്ങി ഇങ്ങനെ ഭൂമി മുഴുവൻ പ്രപഞ്ചം മുഴുവൻ ഒരു പ്രാപിച്ചു ആ സന്ധ്യാസമയത്ത് പറയാണ് താവൻമാംസ അപാകരാളവപുഷം ഗ്രോരാന്ധ്രമാലാധരം തമ്മേസമത്തരോഷമുഷിതം ദുർവാരുർവാരവ്യേതുകോ വിഭുവി ദൂരെ സ്ഥിരാ വീരവേഞ്ഞ്ജവാ സമുഖ പ്രത്യേകമസ്തോഷ അവന്റെ മാംസത്താൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ശരീരം രക്തത്താൽ നിറഞ്ഞിരിക്കുന്ന മുഖം ഗോരാന്തരമാലാധരം വിപത്സമായ ഉഗ്രമായ ഭയാനകമായ പേടിപ്പിക്കുന്ന രൂപത്തെ കണ്ടുകൊണ്ട് ദുർവാരകർവാരവം ആരും അടുത്തേക്ക് പോവാൻ സാധിച്ചില്ല അത്ര ബീവൽസമായ ശബ്ദം ഭഗവാൻ എന്ന് വരുന്നു പറയുന്നു അഭ്യേതും കോപിന ശശാക ആരും അടുത്തേക്ക് പോവാൻ തയ്യാറായില്ല ശർവിരിഞ്ജവാസവമുഖ ഭഗവാനെ ശിവൻ വിരിഞ്ചൻ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ൂരെ നിന്നുകൊണ്ട് ദൂരെ സ്ഥിത പ്രത്യേകം അസ്തോഷത ദൂരെ നിന്നുകൊണ്ട് ഭഗവാനെ ശുതിച്ചു അടുത്തു പോവാനുള്ള ധൈര്യം ആർക്കുണ്ടായില്ല ഈ വിരിഞ്ചനും ശിവനും ഉണ്ടായില്ല പറയാണ് ഓരോരുത്തരുടെയും സ്തുതി കേൾക്കുമ്പോ ഭഗവാൻ ഉച്ചത്തിൽ അലറും അവര് നിന്നിടത്ത് നിന്ന് നീണ്ടൊരു കിലോമീറ്റർ പുറകോട്ടാ പോണത് ആർക്കും അടുത്തേക്ക് വരാനുള്ള ധൈര്യം ഉണ്ടായില്ല എന്നിട്ടോ ഭൂയോ ഗതരോഷാമിഭവതി ബ്രഹ്മഖ്യയാക്ലാദേ പതയോ നവത്യേ കാരുണ്യകുള ചാണ്ടസ്തം ഗരമസ മൂർണി സമതോത്രൈരുർഗാത താഗായതീയോ വിധേരിതവരം ചാനുഗ്രഹം എത്രയോ പ്രാവശ്യം ദേവന്മാര് ഭഗവാനെ സ്തുതിച്ചിട്ടും ഭഗവാന്റെ ആ രോഷത്തെ അക്ഷതരോഷതാമ്നി ഭഗവാന്റെ രോഷത്തിന് യാതൊരു കുറവും വന്നില്ല ആ സമയത്ത് ബ്രഹ്മാവ് ലക്ഷ്മി ദേവിയോട് അത് നാരായണീയത്തിൽ ഇല്ല ഭാഗവതത്തിൽ പറയും ലക്ഷ്മി പറയും ദേവി പറയും ഈ സമയത്താണ് ചെല്ലേ വേണ്ടു കാരണം അങ്ങോട്ട് ഒരു ഭാഷയെ അറിയുള്ളൂ എന്ത് കൊടല് മനസ്സെടുക്കാനുള്ള കാര്യം എന്റെ കോട്ടയിൽ കളയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഭാര്യയാണ് ഭർത്താവാണെന്ന് ഉപ്പാ വിചാരം ഏൽക്കണ്ടാവില്ല ഞാൻ പോവില്ല ലക്ഷ്മിദേവി പോയില്ല അപ്പോഴാണ് ബ്രഹ്മാവ് ആയിരിക്കുന്ന പ്രഹ്ലാദന്റെ അടുത്ത് എന്നിട്ട് എന്ന് പറഞ്ഞു ഉണ്ണി പുണ്ണി വിചാരിച്ചാൽ ഭഗവാനെ ശാന്തമാക്കാൻ സാധിക്കും ഇത് കേട്ടതും പാതയോതമതി യാതൊരു ഭയവും കൂടാതെ ഭഗവാന്റെ അടുത്ത് എന്ന് ആ പാദത്തിൽ വീണ് നമസ്കരിച്ചു എന്നാണ് ഭഗവാനാണെങ്കിലോ അത്രയും നേരം ക്രോധാവേശത്തിൽ നിന്ന് ഭഗവാൻ പഞ്ഞി പോലെ നടത്തും ആകെ ആള് മാറി വളരെ സോഫ്റ്റായി എന്നിട്ടോ കാരുണ്യാകുല ശാന്തത്വം കാരുണ്യം കൊണ്ട് ശാന്തനായിത്തരുന്ന ഗുരുവായൂരപ്പൻ മൂർണ്ണിക്കരന്തമസമത അവന്റെ മൂർദാവിൽ കരം വെച്ചുകൊണ്ട് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു എന്ന് പറയാണ് ആ കുട്ടിക്കെപ്പോഴേക്കും വികാരാവേശം വന്നു ഭക്തി ആവേശം വന്നു ഭഗവാനെ സ്ത്രോത്രേ ഉദ്ഗായത കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു അതെല്ലാം കേട്ട് വരം ഭഗവാൻ അവന് വരവും കൊടുത്തുകൊണ്ട് അവനെ അനുഗ്രഹിച്ചു ലോകത്തെയും അനുഗ്രഹിച്ചു എന്നാണ് ഇപ്രകാരം പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഭക്തന്റെ ആ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ അവന്റെ ഭക്തിക്ക് മുമ്പിൽ നരസിംഹരൂപം അച്ഛനെ കൊന്ന ആ ക്രോധാവേശം പുത്രന്റെ ആ സ്പർശനത്തോടുകൂടി കെട്ടടങ്ങി ശാന്തമായി ആ പുത്രനെ ഭഗവാൻ അനുഗ്രഹിച്ചു ഒരു കരം കൊണ്ട് അച്ഛന്റെ കുടൽമാലകൾ വലിച്ചെടുത്തു അതേ തരം കൊണ്ട് പുത്രന്റെ തലയിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിച്ചു പ്രിയാൻ ഇപ്രകാരം അനുഗ്രഹിച്ച ഗുരുവായപ്പ പറയുന്നുവമഹിമാൻ അത്യന്തശുദ്ധാകൃതീ പത്രാദങ് മിഖിലോത്തരം പുനരഹോ കസ്വാം പരോലങ്കയേൽ പ്രഹ്ലാദ പ്രിഹേമരുൾപുരപദേമയാൽ പാഹി മാം ിയഹേ മറുപ്പുരപതേ സർവാമയാഹിമാരുപദേ സർവാമയാത് പാഹിമാരൗചേഷ്ടിതം ഭഗവാനെ ഇതെല്ലാം അവിടുത്തെ ഒരു ലീല മാത്രമല്ലേ നാട്യം മാത്രമല്ലേ വാസ്തവത്തിൽ അങ്ങേക്ക് ഹിരണ്ടി കശിവിനോട് വല്ല ദേഷ്യമുണ്ടോ അവിടുത്തെ പാർഷവന്മാര് തന്നെയാണല്ലോ ഹിരണ്ടി കശുവും ഹിരണ്യാക്ഷരവുമായി വന്നിരിക്കുന്നത് അല്ലേ ഭഗവാന്റെ പാർഷവന്മാരായിരിക്കുന്ന ജയവിജയന്മാരാണ് ഈ രണ്ടാക്ഷനും അപ്പൊ അവരെ കൊല്ലാനാകേക്ക് ഇങ്ങനെയൊന്നും ക്രോധം കാണിക്കേണ്ട ആവശ്യമില്ല ഇത് അങ്ങനെ സംബന്ധിച്ച് ഒരു നാടകം മാത്രമാണ് ഇപ്രകാരം നടനവേഷം കെട്ടിക്കൊണ്ട് അങ്ങലീലയാടിത് ശ്രീതാപനീയാത ശ്രുതി ശ്രീതാപനീയം എന്ന് പറയുന്ന ഉപനിഷത്തിലും പറഞ്ഞിരിക്കുന്നു അങ്ങയുടെ ഈ നാട്യത്തെക്കുറിച്ച് സ്ഫുട ഗീത അവിടെ അങ്ങയുടെ ഗീതത്തെ വളരെ മഹിമയെ പറഞ്ഞിട്ടുണ്ട് അത്യന്തശുദ്ധാകൃതി ഭക്തന്മാരോട് അനുഗ്രഹം മാത്രം ചുരിയുന്ന ഏ ഗുരുവായൂരപ്പ ചിലപ്പം ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ക്രോധരൂപമെടുക്കേണ്ടി വരും ചിലപ്പം അമ്മ കുട്ടി നന്നാവാൻ വേണ്ടി ക്രോധം കാണിക്കും അമ്മയെ സംബന്ധിച്ച് കുട്ടിയോടൊരു ദേശീയൂര്യ ഉണ്ടോ കുട്ടി നന്നാവാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ക്രോധം കാണിക്കും ചിലപ്പോൾ സ്നേഹം കാണിക്കും ഇതുപോലെ ഓരോ ഭക്തന്മാരോടും അവരുടെ സ്വഭാവത്തിനനുസരിച്ച് ഭഗവാൻ ക്രോധം കാണിച്ചു വരും സ്നേഹം കാണിച്ചു വരും വാത്സല്യം കാണിച്ചു വരും കാരുണ്യം കാണിച്ചു തരും എല്ലാറ്റിന്റെയും പിന്നിൽ അനുഗ്രഹം തന്നെയാണ് തന്റെ ഭക്തനെ തന്നിലേക്ക് ഉയർത്തണം എന്ന് തന്നെയാണ് ഭഗവാന്റെ ആഗ്രഹം അല്ലാതെ ഒരു ഭക്തനെയും ഒരാളെയും തന്നിൽ നിന്ന് അകറ്റണമെന്നോ നശിപ്പിക്കണോ എന്നുള്ളത് ഭഗവാനില്ല ഉയർത്താൻ വേണ്ടിയിട്ടാണ് പല വേഷങ്ങൾ ഇപ്രകാരം ഭഗവാനെ അവിടുത്തെ മഹിമയെ ആർക്ക് മനസ്സിലാക്കാൻ പറ്റും പരം ആർക്ക് ലംഘിക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അവിടുന്ന് പ്രഹ്ലാദപ്രിയനായി വന്ന് ഇവിടെ ഭൂമിയിൽ ലീലയാടി അപ്രകാരമുള്ള ഗുരുവായപ്പ നരസിംഹരൂപത്തിൽ വന്ന അവതാരലീലയാടി ഗുരുവായൂരപ്പ എന്നെ എല്ലാ രോഗത്തിൽ നിന്നും ഉയർത്തിയാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ഉപസംരിപ്പിക്കുന്നത് പ്രഹ്ലാദപ്രിയഹേരേ സർവാമയാൽ പാഹിമാം പ്രഹ്ലാദന് പ്രിയനായിത്തീർന്ന ഗുരുവായപ്പ നരസിംഹരൂപത്തിൽ വന്ന ഗുരുവായൂരപ്പ എന്നെ എല്ലാ ആമയങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രോഗത്തിൽ നിന്നും മുക്തമാക്കിയാലും എന്ന് പറഞ്ഞ് ഉപസംരിപ്പിച്ചു ഇവിടെ പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഭക്തൻ സാധാരണ ഭക്തനല്ല അച്ഛന്റെ ദ്രോഹത്തെ പ്രതിഷേധമില്ലാതെ സഹിച്ച ഭക്തനാണ് ആര് പ്രഹ്ലാദ് സാധാരണ കുട്ടികൾ അച്ഛന്മാരടിക്കുക വേദനിപ്പിക്കുകയോ ചെയ്താൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും അല്ലേ പല ആത്മഹത്യാ ചിന്തകളിലേക്കൊക്കെയാണ് പോവുക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും ഇവിടെ ഹിരണ്യകശു വേദനിപ്പിച്ചിട്ടും ഹിരണ്യകശു കൊല്ലാൻ ശ്രമിച്ചിട്ടും പ്രഹ്ലാദന്റെ മനസ്സിനെ തളർത്താൻ ആർക്കും സാധിച്ചില്ല കാരണം അത്രമാത്രം ഗുരുവായൂരപ്പനിൽ മുറുകെ പിടിക്കാൻ കുട്ടിക്കാലത്ത് തന്നെ ആർക്ക് സാധിച്ചു ഭഗവാനെ മുറുകെപ്പിടിച്ചവർക്ക് ഒരിക്കലും ജീവിതത്തിൽ പരാജയമില്ല അവരെ ആരൊക്കെ പരാജയപ്പെടുത്താൻ നോക്കിയാലും പരീക്ഷണങ്ങളിലൂടെ അവർ കടന്നുപോയാലും അവരുടെ മനസ്സ് പറയും കൂടെ ഭഗവാനുണ്ട് എന്ന ബോധം അവർക്ക് ധൈര്യവും ശക്തിയും കൊടുക്കും ഈ ബോധം ഉറച്ചു കിട്ടിയ ആളായിരുന്നു ആര് പ്രഹ്ലാദൻ പലരും ഉണ്ടല്ലോ വേദനകൾ സഹിക്കാൻ പറ്റാത്തതിന് കാരണം അവരുടെ മനസ്സ് ആരെ മുറുകെ പിടിച്ചില്ല ഭഗവാനെ പിടിച്ചിട്ട് അവർക്ക് പരീക്ഷണങ്ങളെ നേരിടാൻ പറ്റുന്നില്ല നമ്മളൊക്കെ അങ്ങനെ ചോദിക്കുക നാല് അമ്പലത്തിൽ പോയി അഞ്ചാം ദിവസം വേദനം വന്നാൽ നമ്മളെന്താ പറയുക ഇങ്ങനെ എന്തിനാ ഭഗവാനെ പരീക്ഷിക്കണമെന്ന് നമുക്ക് പരീക്ഷണ എന്നാൽ യഥാർത്ഥ ഭക്തൻ അങ്ങനെയല്ല പറയാ ആരൊക്കെ എങ്ങനെയൊക്കെ പരീക്ഷിച്ചാലും ഞാൻ അവിടുത്തെ പാദം വിടുന്ന പ്രശ്നമേ ഇല്ല ആരെങ്ങനെ പരീക്ഷിച്ചോട്ടെ ഞാൻ അങ്ങനെ തന്നെ മുറുകെ പിടിക്കും ഒരു ചില സമയത്തുണ്ടല്ലോ കുട്ടികള് അച്ഛന്റെ കൂടെ പുറത്തു പോകാൻ വേണ്ടി അച്ഛന്റെ അടുത്തേക്ക് പോകും ആ സമയത്ത് അച്ഛന് കുട്ടിയെ പുറത്തുപോട്ടാൻ പറ്റില്ല എന്നാലും കുട്ടി അമ്മയുടെ കൈയെല്ലാം തട്ടി അച്ഛനെ മുറുകെ പിടിക്കും അമ്മ ആ സമയത്ത് കുട്ടിയെ വലിച്ചെടുക്കാൻ നോക്കും ഇവിടെ വാ പോകണ്ട എന്ത് പറഞ്ഞാലും കുട്ടി അച്ഛന്റെ ശരീരം മുറുകെ പിടിക്കും കാരണം കുട്ടിക്ക് അത്രയും പുറത്തു പോകാനുള്ള വാസന കുട്ടികൾ അങ്ങനെയാണല്ലോ അച്ഛൻ പുറത്ത് പോകുമ്പോൾ അങ്ങനെ ബലാൽക്കാരെയാണ് അങ്ങോട്ട് അച്ഛൻ അച്ഛൻ നിസ്സഹായനായിട്ട് നിൽക്കും കാരണം അച്ഛന് കൊണ്ടുപോകണമെന്ന് മോഹമില്ല എന്തൊക്കെ ചെയ്താലും കുട്ടി അച്ഛനെ വിടില്ല അവസാനം അടിച്ചാലും ഇടിച്ചാലും കുത്തിയാലും കുട്ടി വിടില്ല കാരണം കുട്ടിക്ക് ആരുടെ കൂടെ പോണം അച്ഛന്റെ കൂടെ പോണം ഇതുപോലെ ഒരു ഭക്തൻ ഭഗവാനെ മുറുകെ പിടിച്ചാൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ അവനെ അടിച്ചാലും ഇടിച്ചാലും അവൻ ഭഗവാനെ മുറുകപ്പെടില്ല അത്ര മുറുക പിടിച്ചവരെ ഭഗവാനും കൈവിടില്ല അവരെയാണ് നമുക്ക് അച്ഛന്റെ കൂടെ പോണം പക്ഷെ അമ്മ വിളിക്കുമ്പോഴേക്കും പോയി കഴിഞ്ഞാലോ ആ ഭഗവാൻ വാട്ടിൽ വിളിക്കു അതാണ് പലരുടെയും ഭക്തിക്ക് ദൃഢതയില്ല അവരെയാണ് പ്രഹ്ലാദൻ ദൃഢതയുള്ളൊരു ഭക്തിയുള്ള കുട്ടിയായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ മനസ്സിലായി ആത്മാവായത്മാവായിരിക്കുന്ന ഗുരുവായരപ്പം തന്നെയാണ് ബന്ധുവായും സുഹൃത്തായും അച്ഛനായും അമ്മയായും കൂടെയുള്ളത് ആ ഭഗവാനെ പിടിച്ച പിടിയിൽ നിന്ന് വിടാൻ പുറം പിടുത്തം തയ്യാറായില്ല അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഭഗവാൻ അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചു ഈ കഥയാണ് പ്രഹ്ലാദന്റെ കഥ യോഗത്തയാാനമോക്തമത യോഗേശ് ശരീയരേ സൗന്ദര്യകരസാത്മകേ ഈ ഖല പ്രകർ നിവുഷ യമം നിയതസ്വദരണകർമ്മയോ േ്യതോനിഷ യോ ഗുണ ഇന്ദ്രുപ്ന പാണ്ഡ്യകണ്ടാദിരാജ ക്താത്മാചന്ദ്രദ്രോ കൽസേവായാ മീരാകെ നൈവാഗസ്ത്യമാതിമ ൽ ഭാഗവതത്തിലെ എട്ടാമത്തെ ദശകത്തിൽ ആരംഭിക്കുന്ന ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന വീരയോടുകൂടിയിട്ടാണ് ഇരുപത്തിയാറാം ദശം ആരംഭിക്കുന്നത് നമ്മൾ ശ്രീമത് ഭാഗവതത്തെയാണ് നാരായണീയത്തിലൂടെ കാണുന്നതെങ്കിലും പട്ടതിരിപ്പാടിന് വാദരോഗത്തിന്റെ ക്ലേശമുള്ളൊരു ഭാഗത്ത് അദ്ദേഹത്തിന് വാദരോഗത്തെ മാറിക്കിട്ടണം തന്റെ ശരീരത്തിലുള്ള വേദന മറക്കാനുള്ള എളുപ്പമായൊരു മാർഗ്ഗം വട്ടതിരിപ്പാട് കണ്ടെത്തിയത് ഭഗവാന്റെ കഥകളെ സ്മരിക്കുക ഭഗവാന്റെ കഥകൾ സ്മരിച്ചുകൊണ്ട് നാമങ്ങളെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ കീർപ്പിച്ചുകൊണ്ട് തന്റെ ശ്രദ്ധ തന്റെ വാദരോഗത്തിൽ നിന്നും എതിരേക്ക് തിരിക്കണം ഭഗവാനിലേക്ക് തിരിക്കണം അങ്ങനെ മനസ്സ് ശരീരത്തെ മണക്കും തോറും അത് തന്നെ ഒരു മരുന്നായിത്തീരുന്നു പറയാം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു വിഷമത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ നാം വിഷമത്തിന് നമ്മളാ ബുദ്ധിമുട്ടിന് സത്യത്വം കൊടുക്കുക അതുണ്ട് എന്ന് ഉറപ്പിക്കുക എന്ത് നമ്മുടെ മനസ്സ് ഉണ്ട് എന്ന് ഉറപ്പിച്ചുവോ അത് പിന്നെ നമുക്ക് എളുപ്പം വിട്ടുമാറാൻ സാധ്യത അപ്പൊ അതിനെ മറക്കാനുള്ളൊരു വഴി മനസ്സിനെ മറ്റൊന്നിലേക്ക് ശ്രദ്ധ തിരിക്കുക ഇവിടെ ഗരേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ലീല അത് ഭട്ടതിരിപ്പാറിനെ സംബന്ധിച്ച് വളരെ അന്നത്തമാണ് നമുക്കറിയാം ഗജേന്ദ്രനകോഷം എന്നുള്ള രീതിയിൽ ഗജേന്ദ്രനെ ഒരു മുതല പിടിക്കുകയാണ് ആ മുതലയുടെ പിടിയിൽ നിന്ന് മുക്തനാവാൻ ബന്ധുവിക്രാതികളൊക്കെ ഗജേന്ദ്രനെ സഹായിച്ചുവെങ്കിലും അവർക്കൊന്നും ഗജേന്ദ്രനെ മുക്തമാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഗജേന്ദ്രന്റെ മനസ്സ് ഭഗവാനിലേക്ക് തിരിഞ്ഞുവെന്നാണല്ലോ കഥ ഇവിടെ തന്റെ കാലിലും ഒരു മുതല പിടിച്ചിരിക്കുകയാണ് ആരാണത് പട്ടരീപാട്ടിനെ സംബന്ധിച്ച് പിടിച്ചിരിക്കുന്ന മുതല വാതരവും ഇതുപോലെ നമ്മൾ ഓരോരുത്തരെയും ഒരു മുതല പിടിച്ചിട്ടുണ്ട് എന്നെയും പിടിച്ചിട്ടുണ്ട് മുതല തൊണ്ടക്കിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ പിടുത്തമുണ്ട് പലയിടത്തും ചിലർക്ക് കുടുംബ ചിലർക്ക് ശാരീരിക പ്രശ്നങ്ങളായിരിക്കാം ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം ചിലർക്ക് വേറെ ചില സാമൂഹിക പ്രശ്നങ്ങളായിരിക്കാം ചിലർക്ക് സ്നേഹസംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും മുതലകളുടെ രൂപത്തിൽ ഓരോരുത്തരെയും പിടികൾ ആ മുതലയുടെ പിടിയിൽ നിന്ന് മുക്തമാവാനുള്ള വഴി നമ്മൾ സാധാരണ പ്രാർത്ഥിക്ക ദൈവത്തിനോട് അസുഖം മാറിനെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ അസുഖത്തിന് പ്രാധാന്യം കൊടുക്കുക വേറെ കുറച്ച് നമ്മുടെ ശ്രദ്ധ നമ്മൾ ഭഗവത് കാര്യങ്ങളിലേക്ക് തിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചു നേരത്തേക്കെങ്കിലും അസുഖത്തെ മറക്കും എത്ര കണ്ട് നമ്മൾ അതിനെ മറക്കുന്നോ അത്ര കണ്ട് അതിന്റെ പ്രശ്നം നമ്മളെ അലട്ടാതിരിക്കും ഇതൊരു ഡൈവേർട്ടിംഗ് അറ്റൻഷനാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യാറുണ്ട് അത് അപ്പൊ നമ്മൾ കുട്ടികളിലൊക്കെ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാറുണ്ട് വീട്ടിലില്ലാത്ത സാധനത്തെക്കുറിച്ച് കുട്ടി പിടിവാശി പിടിച്ചു കഴിഞ്ഞാൽ സപ്പോസ് കുട്ടിക്ക് എന്ത് പലഹാരം വേണം ലഡു വേണം അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ലഡു കഴിഞ്ഞിരിക്കണം തലേ ദിവസം തലേദിവസം കുട്ടി കഴിച്ച ലഡുവിന്റെ ആ സ്മരണ കുട്ടിയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ എനിക്ക് ലഡു വേണമെന്ന് കുട്ടി കരയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ലഡു പോലും ഇല്ലെങ്കിൽ നിങ്ങൾ നീ നിങ്ങൾ വേറെ വല്ലതും എടുത്തു കൊടുക്കും കുട്ടിക്ക് അതൊന്നും വേണ്ട ലഡ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും ക്ഷമയില്ലാത്ത അമ്മമാരാണെങ്കിൽ ഒന്ന് പഠിച്ചിട്ടുണ്ടാകും ഇത്തിരി ബുദ്ധിയുള്ള അമ്മമാരാണെങ്കിൽ കുട്ടിയെടുത്തു കൊണ്ടുപോയി ഡേ അപ്പൂ നോക്ക് അടുത്ത വീട്ടിലേക്ക് നോക്കൂ കണ്ണാ നോക്കൂ അതാരാ വരുന്നത് ഈ അങ്കിൾ ആരാണ് ഈ ആണ്ടി ആരാണ് എന്നൊക്കെ പറഞ്ഞ കുട്ടിയുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യും അപ്പൊ കുട്ടി കുട്ടി ലഡ് മറക്കും ലഡു മറക്കുന്നതോടുകൂടിയിട്ട് അവന് ലഡുവിന്റെ പ്രശ്നങ്ങളില്ല മനസ്സിലായി ഇതുപോലെ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ എളുപ്പമായ ഒന്നാണ് ഭഗവൽനാമ സങ്കീർത്തനങ്ങളും ഭഗവത് കഥകളും ഇവിടെ പറയാൻ പോകുന്ന കഥ ആരുടെയാണ് പണ്ട് പാണ്ഡ്യഗംഗാതിരാജം പാണ്ഡ്യരാജം നമ്മുടെ സൌത്ത് ഇന്ത്യയിൽ നടന്നൊരു കഥയാണ് പാണ്ഡ്യവംശം ആ രാജ്യത്തൊരു രാജാവുണ്ടായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഇന്ദ്രദ്പ്തം ഇന്ദ്രദ്യുഗ്ധൻ അന്ന് അദ്ദേഹം ഇന്ദ്രദിപ്തനായ സമയത്ത് തൊൽഭക്താത്മാ ഭഗവാന്റെ ഭക്തനായിരുന്നു ഭഗവാനെ ധാരാളം ഭജിച്ചിട്ടുണ്ട് അങ്ങനെയായിരിക്കും തന്തനദ്രോ തൊൽസേവാം പലയവർവതത്തിൽ ഭഗവാനെ ഭജിക്കാനായി പോയെന്നും അവിടെ വച്ച് ഭഗവാനെ ഭജിക്കുന്നതിൽ മഗ്നതി ഭഗവത് ഭജനത്തിൽ മഗ്നനായപ്പോ ആദിത്യകാമം മഹസ്ത്യം ആലുലോകെ അവിടെ കടന്നു വന്നൊക്കെ ആര് അഗസ്ത്യ മഹർഷി ആ അഗസ്ത്യമാഹർഷിയെ വേണ്ട വിധത്തിൽ ആദരിക്കാൻ പാണ്ഡ്യവംശരാജാവായ ഇന്ദ്രദ്വുപന് സാധിച്ചില്ല പൂജയിൽ മഗ്നനായ പൂജയിൽ നിമഗ്നായ പാണ്ഡ്യവംശരാജാവ് തന്നെ കാണാൻ വന്ന അഗസ്ത്യമാഹർഷിയെ വേണ്ടവിധത്തിൽ ആദരിച്ചില്ല അതിന്റെ ദോഷം എന്താ പറ്റിയത് കുംഭോദ്ബോധി സമ്പ്രദക്രോധ ശബ്ദാത്മാത്വം ഹസ്തിഭൂയം വരേജേ ശൈലം പ്രത്യൽസോ വിദേ ഹസ്തീം വൃത്തം കൽസ്മ ദിവ്യ ചൈതന്യം ആ സമയത്ത് ക്രോതം വന്നു അവർക്ക് അഗസ്ത്യ മാഹിക്ക് മുമ്പോഭൂതി സമ്പ്രദക്രോധഭാര അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു എന്താ ദേഷ്യം വരാൻ കാരണം താൻ രാജാവിനെ കാണാൻ പോയിട്ട് ആ രാജാവ് വേണ്ട തന്നെ ആദരിക്കാത്തത് തന്നെ റെസ്പെക്ട് ചെയ്യാത്തതിന് തന്നെ കൺസിഡർ ചെയ്യാത്തതിൽ തന്നെ വേണ്ട വിധത്തിൽ കോപം വന്ന് ആ മഹാത്മാവ് സബ്ദാത്മാതിഭൂതം ഭജ് ഭജിഭൂ ഈ ഹസ്തിയായി തീരട്ടെ എന്ന് ഭവിക്കട്ടെ എന്ന് ശപിച്ചു കളഞ്ഞു ഏനം ശത്വാപ്രത്യകൾ ഇപ്രകാരം ശപിച്ചു സ്വപ്നദീപയ്ക്ക് തന്യം അസ്ഥീന്ദ്രം ദേവി ഉടനെ ആ രാജാവ് ആരായിത്തീർന്നു ഒരു ഗജേന്ദ്രനായിത്തീർന്നു അസ്ഥീന്ദ്രനായിത്തീർന്നു ആനകളിൽ വെച്ച് ഇന്ദ്രനായി തീർന്നു എന്ന് പറയാം ഇവിടെ ചോദ്യം നമുക്ക് അർത്ഥവത്തായി ചിന്തിക്കാനുള്ളത് ഭഗവാന്റെ പൂജയിൽ ലഭിച്ചിരിക്കുന്ന ഒരാളെ ഭഗവാന്റെ സേവകൻ എന്ന് പറയുന്ന അഗസ്ത്യ മഹർഷി ശപിക്കാൻ പാടു ഭഗവാന്റെ പൂജയിൽ വ്യാപൃതനാമാനങ്ങൾ ഇവരൊക്കെ പറഞ്ഞു തരേണ്ടത് അല്ലെ നിങ്ങൾ ഭഗവാനെ ഭജിക്കൂ എന്ന് പറയുന്ന ആളുകൾ തന്നെ ഭഗവാനെ ഭജിക്കുന്നവരെ ശപിക്കാൻ പാടുമോ ചെയ്തത് തട്ടല്ലേ അഗസ്ത്യ മഹർഷി ആണോ അല്ലെ അപ്പൊ അങ്ങനെ ശപിച്ചത് എന്തിനായിരിക്കാം എന്തിനായിരുന്നു ശമിച്ചിരിക്കുന്നത് ഭഗവാന്റെ പൂജയിൽ വ്യാപൃതനായിരിക്കുന്ന ഒരാളെ ഒരു മഹാത്മാവ് ശപിക്കണോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആര് ചെയ്തതാ തെറ്റ് ഇന്ദ്രതൃപ്തനാകുന്ന രാജാവ് ചെയ്തതാണോ അതോ അഗസ്ത്യ മഹാഷ ചെയ്യുന്നതാണോ തെറ്റ് ശ്രീരാമസ്വാമി ബാലിയൊളിയമ്പിത് വന്നു ചോദിച്ച പോലെയാണ് ബാലി ചെയ്തതാണോ തെറ്റ് ശ്രീരാമൻ ചെയ്താണോ തെറ്റ് ശ്രുതിമല്ലി ഇതുപോലെ ആര് ചെയ്താണ് തെറ്റ് രാജാവ് ചെയ്താണ് തെറ്റ് അതെന്താ കാരണം വളരെ ശ്രദ്ധിക്കണം നമ്മള് ഇത്തരം ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു പോകരുത് ചിന്തിച്ചുകൊണ്ട് ഇവിടെ ഭഗവാനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന അർത്ഥം ഭഗവാനെ നമ്മൾ സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ ഭഗവാനെ പൂജിക്കുക എന്നാൽ അവന് അമ്പലത്തിലൊരു വിഗ്രഹത്തെ പൂജിക്കൽ മാത്രമാണ് ഭഗവാൻ പൂജ അതൊരു തുടക്കം മാത്രമാണെന്നാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് തരം ഭക്തന്മാരെ പറയും ഏകാദശ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാര്യ പറയും ഏതൊക്കെ ഭക്തന്മാരാണ് പ്രാകൃതഭക്തൻ മധ്യമ ഭക്തൻ ഉത്തമഭക്തൻ പ്രാകൃതഭക്തൻ എന്ന് പറയുന്നത് ഒരു വിഗ്രഹത്തെ മാത്രം ഈശ്വരനായി കണ്ട് പൂജിക്കുന്നവരെയാണത്രേ പ്രാകൃതഭക്തൻ അപ്പം വിഗ്രഹാരാധന ശാസ്ത്രങ്ങളിൽ പ്രാകൃത ഭക്തിയുടെ ഒരു തലമായിട്ടാണ് പറഞ്ഞിരിക്കും ബേസിക് ആയിട്ടുള്ള ഒരു വർഷിപ്പാണ് എന്നാൽ അവിടെ തന്നെ നമ്മളിനിയും എന്ത് ചെയ്യണം ഉയരാനുണ്ട് പടികൾ ഉയരാനുണ്ട് ഉത്തമഭക്തിയിലേക്ക് ഉയരാനുണ്ട് ആരാണത്തിന് ഉത്തമഭക്തൻ ആത്മനി ഭഗവത്ഭാവം പശ്യത സർവഭൂതീഷു ഭഗവത്ഭാവം പശ്യത തന്റെ ആത്മാവിലും ഭഗവാനെ കാണണം സർവരുടെയും ആത്മാവിൽ ഭഗവാനെ അപ്പൊ തന്നിലും മറ്റുള്ളവരിലും ഈശ്വരനെ കാണാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുന്നതാണത്രേ ഉത്തമപത് ഭാഗവതത്തിൽ ബുദ്ധവർക്ക് അവസാനം കൊടുക്കുമ്പോൾ ഭഗവാൻ ഉപദേശം കൊടുക്കുമ്പോൾ പറയും ബ്രാഹ്മണേ പുഷ്കസേസ്തേനേ ബ്രഹ്മണ്യർ പുലിംഗകേ അക്രൂരേ ക്രൂരേ ചെയ സമതൃക് പണ്ഡിതോമത ഒരു മഹാനെ കാണുമ്പോൾ അങ്ങനത്തെ ആദരവ് തോന്നില്ലേ ഒരു ബ്രാഹ്മണനെ കാണുമ്പോൾ ആദരവ് തോന്നില്ലേ അതേ ആദരവ് ഒരു ചണ്ടാളനെ കാണുമ്പോഴും ഒരു ദേശിയെ കാണുമ്പോഴും അങ്ങേക്ക് തോന്നുന്നു ഒരു കള്ളനെ കാണുമ്പോഴും തോന്നുന്നുവെങ്കിൽ അന്നങ്ങേക്ക് അങ്ങയിലും മറ്റുള്ളവരിലും ആരെ കാണാൻ സാധിക്കുന്നുണ്ട് ഭഗവാനെ കാണാൻ ഇത് ഗീതയിലും പറയും വിദ്യാവിനയ സംബന്ധി രാമണേ ഗസ്നീവേച്ച പണ്ഡിത സമദർശിന ആരാണ് പണ്ഡിതൻ എല്ലാവരിലും സമമായ ഈശ്വരനെ കാണാൻ സാധിക്കുന്നവർ ഗീതയിൽ വീണ്ടും പറയും ആരാണത്രേ മഹാനായിരിക്കുന്ന ഭക്തൻ സുദുർലവനായിരിക്കുന്ന ഭക്തൻ ആ മഹാത്മാവ് സുദുർലഭനാണ് ആരാണങ്ങനെയുള്ളവര് വാസുദേവ സർവമിതീ സമഹാത്മാ സുദുർലഭ ഗീതയിൽ ഭഗവാൻ പറയുന്നത് വാസുദേവ സർവം എല്ലാവരിലും വാസുദേവന്റെ അപ്പോ ഇവിടെ അഗസ്ത്യ മഹർഷിയെപ്പോലുള്ളൊരു മഹാത്മാവ് വന്നിട്ട് വെറും ഒരു വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ കണ്ടു ആരിൽ ഈശ്വരനെ കാണാൻ സാധിച്ചില്ല അഗസ്ത്യ മഹർഷിയെപ്പോലുള്ളൊരു മഹാത്മാവിൽ ഈശ്വരനെ കാണാൻ ആർക്ക് സാധിച്ചില്ല പാണ്ഡ്യരാജാവിന് സാധിച്ചില്ല അതുകൊണ്ടായിരിക്കണം അഗസ്ത്യ മഹർഷി ആരെ ശ്രമിച്ചത് പാണ്ഡ്യരാജാവിന് അപ്പൊ നമ്മള് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന് പലപ്പോഴും വീഴ്ച പറ്റുന്നത് ഇവിടെയാണ് ആളുകൾ ക്ഷേത്രത്തിൽ മാത്രം ഒതുങ്ങിക്കളയും വിവേകാനന്ദ സ്വാമികൾ പറയും ക്ഷേത്രത്തിൽ ജനിക്കണം ക്ഷേത്രത്തിൽ മരിക്കരുത് ഇത് പറഞ്ഞത് അമേരിക്കയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ടു ടേക്ക് ബേർത്ത് ഇൻ ദ ചർച്ച് ഈസ് ഗുഡ് ബട്ട് നെവർ ഡൈ ദർ നിങ്ങള് ബെർത്ത് പ്ലേസ് ചർച്ചാക്കിക്കോളൂ പക്ഷേ ഒരു ഡെത്ത് പ്ലേസ് എവിടെയാക്കരുത് ചർച്ചാക്കരുത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആത്മീയത തുടങ്ങേണ്ടത് അമ്പലത്തിലാണ് ആത്മീയത അവസാനിപ്പിക്കേണ്ടത് അമ്പലത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട് ആദ്യം നമുക്ക് അമ്പലം ക്ഷേത്രമാണ് പിന്നെ രണ്ടാമത് നമുക്ക് സത്സംഗങ്ങൾ ക്ഷേത്രമാകണം മൂന്നാമത് നമുക്ക് ഓരോ ശരീരവും ഇതം ശരീരം കൌണ്ടേയ ക്ഷേത്ര വിജ്ഞലായിട്ട് കൊണ്ടുനടക്കണം അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ ആ അതിഥിയെപ്പോലും നമുക്ക് ആരായി കാണാൻ സാധിക്കണം ഈശ്വരന്റെ ഒരു രൂപമായി പ്രതിരൂപമായി കാണാൻ നമുക്ക് സാധിക്കണം അപ്പൊ അദ്ദേഹത്തിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ വിഗ്രഹത്തെ പൂജിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വേദന അത് നമുക്കൊരു എന്തായി മാറും ശാപമായി ശാപിക്കാൻ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല ഓ നിങ്ങൾ അല്ലായിത്തീരട്ടെ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല മനസ്സ് വേദനിച്ചാൽ തന്നെ എന്തായി ശാപമായി അപ്പൊ നമ്മള് വളരെ വളരെ ശ്രദ്ധിക്കണം ഇതാണ് ഭാരതത്തിന്റെ സംസ്കാരം മറ്റൊരാളെ വേദനിപ്പിക്കുന്നതല്ലത്രേ ഭക്തി ആരെയും വേദനിപ്പിക്കാതിരിക്കുന്നതാണ് ഭക്തി അതുകൊണ്ട് ഇവിടെ ശാപം കിട്ടി എന്താ ശാപം ആരായിത്തീരണമെന്നാണ് ശാപം ആനയായി ശാപം എന്നിട്ടോ ദുഗ്ധാ ബോധേ മദ്യവാദിത്രികൂടേ കീടൻ ശൈലേ യൂതപ്പോയം വശാമി സർവാദ്യന്തോലതി വക്പത്തോർക്കാവാ അങ്ങനെ ദുഗ്ധാമ്പോതി മദ്യവാദി ത്രികൂടെ പാലാഴിയുടെ നടുഭാഗത്തുള്ള ത്രികൂട പർവ്വതത്തിൽ അവിടെ പിടിയാനകളോടുകൂടിയിട്ട് പശാബി ക്രീഡൻ അയം യൂതപ മറ്റുള്ള ആനകളുടെ കൂടെ രമിച്ചുകൊണ്ട് ഈ ഗജരാജൻ ശക്യാ സർവാൻ ജിന്തുനധിപ്രതിഷ്ഠ തന്റെ ശക്തി കൊണ്ട് കഴിവുകൊണ്ട് എല്ലാ ആനകളെയും തന്റെ നിയന്ത്രണത്തിലാക്കാൻ ആർക്ക് സാധിച്ചു ഗജേന്ദ്രന് സാധിച്ചു പട്ടുനിൽപ്പാട് പറയാണ് തൊൽപത്താനാം പുത്ര ഉത്കർഷലാഭ അവിടുത്തെ ഭക്തന്മാരെങ്ങനെയാണ് താഴ് ഇപ്പൊ മനുഷ്യജന്മത്തിലുണ്ടായിരുന്ന ഭക്തിയുടെ മഹിമ ഗജേന്ദ്രൻ എവിടെയും കിട്ടണോ ആനയുടെ രാജാവിന് ആനയുടെ രൂപത്തിലും കിട്ടണോ പറയുന്നത് ഭക്തന്മാരൊരിടത്തും താഴില്ലേ ഭഗവാനെ ഇവൺ അവർ ആരെയാലും പട്ടിയായാലും പൂച്ചയാലും അതിനൊരു കേമത്വം കാണിക്കും ഭക്തന്മാരെന്നാണ് അവർക്കൊരിക്കലും താഴ്ചയില്ല എന്ന് പറയാണ് അപ്രകാരം അദ്ദേഹം ഒരു ഗജേന്ദ്രനായി തീർന്ന് കൂടെ കീടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി എന്നിട്ടോ സ്വേനസ്േം ദിവതേശത്ത ശക്തേദ പ്രജൽ ശൈലപ്രാതേ ഗർമ്മദാന്തരസ്യൂതേശാർദ്ദം പ്രണുന്തോ വിരേ ഇപ്രകാരം ആ ഗജേന്ദ്രൻ സ്വബലത്താൽ സ്വേനസ്തേന ദിവ്യദേശത്തെ ശക്തിയ ആ ദിവ്യമായ പ്രദേശത്തിന്റെ പ്രഭാവങ്ങളെ കൊണ്ടൊന്നും പ്രഭാവങ്ങളെ കൊണ്ട് ഏതാനപ്രധാനം കഥാതിൽ വലിയ ദുഃഖങ്ങളൊന്നും ഉണ്ടായില്ല കഴിക്കാൻ വേണ്ടത്ര ആഹാരാദികളുണ്ട് കുടിക്കാൻ വെള്ളമുണ്ട് ഒരു തരത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല അങ്ങനെ അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ അവിടെ നിന്ന് ശൈലപ്രാന്തേ സരസ്യം തൽപ്പെടുന്ന കഥാതിൽ ഗർഭദാന്ത ഭയങ്കര ചൂടുകൊണ്ട് ഘോരമായ ചൂടുകൊണ്ട് തടാകങ്ങളൊക്കെ വറ്റി അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണങ്ങി മറ്റേ പുളകളൊക്കെ ഉണങ്ങിപ്പോയി അവിടെ നിന്ന് അവർ സരസ്യാം തട്ടിടുന്ന എവിടെയെങ്കിലും കുറച്ച് വെള്ളം കിട്ടണമെന്ന് കരുതി തടാകം അന്വേഷിച്ചുകൊണ്ട് യൂതേശാബ്ദം അവര് അവിടെ നിന്നും പോവാൻ തുടങ്ങി പോയി ഒരു തടാകത്തിലെത്തിച്ചേർന്നു ആ തടാകത്തിലാണെങ്കിലോ ജഗ്രാഹയിനം ഹത്തം പാദദേശേ ശാന്തി ശ്രാന്തി അങ്ങനെ നടന്ന് നടന്ന് നടന്ന് നടന്ന് ക്ഷീണിച്ച അവസരായി അവസാനം ഒരു തടാകം കണ്ടെത്തി ആ തടാകത്തിലേക്ക് ഇറങ്ങിയതും വെള്ളം കുടിക്കാനുള്ള അധ്യായ ഒരു തീവ്രമായൊരു മോഹം അവരെ വെള്ളത്തിൽ ഇറക്കി കുറെ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അതിലങ്ങനെ പൂർണമായി യമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗതീന്ദ്രൻ പറഞ്ഞു ഇനി എല്ലാവരും കയറിക്കൊള്ളൂ ഓരോ ആനകളോട് കയറാൻ പറഞ്ഞു കുട്ടിയേടകൾ കയറി കുറച്ചുകൂടി വലിയവര് കയറി സീനിയർ മോസ്റ്റ് ആൾക്കാർ കയറി അവസാനം ഗതീന്ദ്രന്റെ വൈഫും കയറി അവരെല്ലാം കയറി കറിയില്ല ഗജേന്ദ്രൻ കയറാൻ നോക്കുന്ന സമയത്ത് കാലിലാരോ പിടികൂടി ഗജേന്ദ്രൻ നോക്കുന്ന സമയത്ത് ഒരു മുതലെയാണ് ആരാണത്രേ മുതല ഹൂഹൂ എന്ന പേര് നല്ല പേര് തന്നെ ഹൂഹു എവിടുന്നാണ് ഈ ഹൂഹു വന്നിരിക്കുന്നത് ആരാണീ ഹൂഹു ദേവലസ്യ ശാപാൽ ഗ്രാഹീഭൂതത്തച്ഛനെ പണ്ട് ദേവലൻ എന്ന് പറയുന്ന മഹർഷിയെ അപമാനിച്ചതിന് ഒരു ഗന്ധർവന് ശാപമാണ് നീ മുതലയായി തിരട്ടിയത് അപ്പൊ ഹൂഹു ഒരു മുതല ഒരു ഗന്ധർവൻ അവിടെ മുതലയുടെ രൂപത്തിൽ കടക്കുന്ന ജഗ്രാഹയിനും ഹത്തിനമ്പാതദേശേ മൊതല ആനയുടെ കാലിൽ പിടികൂടി എന്തിനാണ് പിടികൂടിയത് ശാന്തി നോഹി സ്വകാനം തന്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ കൊടുക്കുന്ന ഓരോ പരീക്ഷണങ്ങളാണത്രേ ഇങ്ങനെ ശാന്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് നമ്മളിങ്ങനെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാലോ നിക്ക് ഒരു ഭക്തിയുടെ തലത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം ഭഗവാന്റെ പരീക്ഷണമായിട്ട് കാണാം ഭഗവാന്റെ പരീക്ഷണായിട്ട് ഒരു സാധാരണക്കാരന്റെ ദൃശ്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് കുറെ സുഖങ്ങളും കുറെ ദുഃഖങ്ങളും ദുഃഖങ്ങളൊക്കെ അയാൾക്ക് ശാപങ്ങളാണ് സാധാരണ ഓർഡിനറി ഭക്തൻ ഹി വിൽ നെവർ റിയലൈസ് ഇത് ഭഗവാന്റെ ഒരു എന്താണ് തന്നെ ഉയർത്താനുള്ള ഒരു പരീക്ഷണമാണ് ദുഃഖങ്ങളൊക്കെ താപങ്ങളാണ് അല്ലേ നമ്മൾ ഒരു വസ്തുവിനെ തപിപ്പിക്കും തോറും അത് പരിശുദ്ധീകരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുപയോഗിക്കുന്ന വസ്ത്രം പണ്ടത്തെ കാലത്തെ ഇപ്പോഴത്തെ കാലല്ല പണ്ടത്തെ കാലത്താണെങ്കിൽ വസ്ത്രം വല്ലാതെ ചളിപിടിച്ചു എന്ത് ചെയ്യും നിങ്ങൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിൽ പൊടിയിട്ട് എന്നിട്ട് തിളപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ശുദ്ധീകരിക്കുക അപ്പൊ നമുക്കറിയാം വെള്ളം തിളപ്പിച്ച് അതിൽ സോപ്പ് പൊടി എന്തെങ്കിലും പണ്ടുള്ളവരെന്തോ ഉപയോഗിക്കുക സോഡാ പൊടിയൊക്കെ ഉപയോഗിക്കുക ഇന്നല്ലേ സോപ്പ് പൊടി മറ്റുള്ള സാധനങ്ങളൊക്കെ വന്നത് ഇപ്പോഴും നമ്മൾ വാഷിംഗ് മെഷീനിൽ ചൂട് കഴുകാൻ സാധിക്കുമല്ലോ അപ്പോൾ നമ്മൾ ചൂട് കൊടുക്കുന്നത് അതിനെ കൂടുതൽ ശുദ്ധീകരിക്കാൻ ഇതുപോലെ നമ്മൾ എന്താണ് സ്വർണം അത് എത്ര കണ്ട് ചൂടാക്കുന്നു അത്ര കണ്ടത് അതിലെ അഴുക്കുകളൊക്കെ ചേർന്ന് മാറിയിട്ട് അത് കൂടുതൽ പരിശുദ്ധീകരിക്കപ്പെടുന്നു എവിടെ നോക്കിയാലും നമുക്ക് കാണാം നമ്മൾ തന്നെ നല്ലവണ്ണം ശരീരത്തിലെ എണ്ണയും വെഴുക്കും മറ്റൊക്കെ അല്ലെങ്കിൽ പൊടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ നമ്മൾ കുടിക്കുന്ന എന്തിനാണ് കൂടുതൽ നമ്മൾ ശുദ്ധീകരിക്കാനാണ് അപ്പൊ നമ്മൾ ഭക്തിയുടെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ദുഃഖങ്ങളൊക്കെ ഭഗവാന്റെ ഒരു ശുചീകരിക്കാനുള്ള ഒരു പ്രക്രിയയിട്ട് നമുക്ക് കാണാം എന്നാലും സാധാരണ ഭക്തൻ തന്റെ ദുഃഖങ്ങളെയൊക്കെ കാണുന്നത് ഈശ്വരന്റെ ശാപങ്ങളായിട്ട് കാണും അതുകൊണ്ടാണ് അവര് വലിയ ഭാരമായിട്ട് കാണുന്ന ദുഃഖങ്ങളൊക്കെ ഒരിക്കലൊരു മാനേജ്മെന്റ് ക്ലാസ് നടക്കുകയാണ് കോളേജില് എം ബി ക്ലാസ് നടക്കുകയാണ് ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുന്ന പ്രൊഫസർ വലിയൊരു വൈറ്റ് പേപ്പർ കൊണ്ടുവന്നു ക്ലാസ്സിൽ എന്നിട്ട് ബ്ലാക്ക്ബോർഡിൽ അത് ഒപ്പിച്ചു വെച്ചു എന്നിട്ട് തന്റെ കറുത്ത ഡോട്ടെന്നുകൊണ്ട് ഒരു ഡോട്ട് അത് ഇട്ടു എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ എന്താ കാണുന്നത് തീർച്ചയായിട്ടും കുട്ടികൾ എന്താ ഉത്തരം പറയാം ഒരു കറുത്ത ഡോട്ട് കാണുന്നു എല്ലാവരോടും ചോദിച്ചു വട്ട് ആർ യു സീൻ എല്ലാവരും പറഞ്ഞു വി ആർ സീങ് എറ്റ് ബ്ലാക്ക് ഡോട്ട് എല്ലാവർക്കും ഉത്തരം ഒരുപാട് അധ്യാപകർ ചോദിച്ചു ആർ യു സീൻ ദാറ്റ് അലോൺ ഒരു നത്തിങ് എൽസ് ഓ വൈറ്റ് ഡോട്ട് വി ക്യാൻ സീ ഇപ്പൊ പ്രൊഫസർ പറയാണ് വേറെ എന്തെങ്കിലും കാണാനുണ്ടോ വെറും ബ്ലാക്ക് ഡോട്ട് മാത്രമേ ഉള്ളൂ അതിനേക്കാളും വലിയൊരു ഒരു വൈറ്റ് ഷീറ്റ് ഉണ്ടാവും കാണുന്നില്ലേ അത് പറയാം അപ്പൊ നമ്മള് ജീവിതത്തിലെങ്ങനെയാണ് ജീവിതത്തിന്റെ ചെറിയ ദുഃഖങ്ങളെയാണ് നമ്മൾ കാണുന്നുള്ളൂ അതിന്റെ പിന്നിലുള്ള വലിയൊരു അനുഗ്രഹത്തെ ആരും കാണുന്നില്ല നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു വലിയൊരു അനുഗ്രഹം പിന്നിൽ വെച്ചിട്ടുണ്ട് അത് കാണാൻ സാധിക്കാത്തവനെ സംബന്ധിച്ച് ഈ ബ്ലാക്ക് ഡോട്ടുകൾ മാത്രമേ അവർ കാണുകയുള്ളൂ അത് പലരുടെയും ജീവിതത്തിൽ അങ്ങനെ സ്റ്റക്കാവുന്നതാണ് നിങ്ങൾ ഗംഗോത്രിയിലൊക്കെ ഒന്ന് പോയി നോക്കൂ ബഹുരസമാണ് ഗംഗ അവിടെ നിന്നിങ്ങനെ ഒഴുകുന്ന സമയത്ത് എത്ര ആഴത്തിലാണത് ഒഴുകുന്നത് വലിയ പാറകളൊക്കെ ഉണ്ടല്ലോ ആ ഗംഗയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും ഗംഗക്ക് ഒരു വിഷമില്ല ഗംഗ പാറയോട് പറയും നിനക്ക് ഇത്രേ തടയാൻ പറ്റുള്ളൂതുണ്ടല്ലോ അതിനപ്പുറത്തും ഒരു വഴിയുണ്ടെനിക്ക് നീ എവിടെ തന്നെയോട് ഏറ്റവും വിരോധമില്ല ഞാൻ നിന്നോട് ഏറ്റുമുട്ടാനൊന്നും വരുന്നില്ല പക്ഷെ എനിക്കറിയാം എന്റെ പാറയുടെ സൈസിലൊക്കെ ഒരു ഒരു പ്രത്യേക ദൂരം വരെ പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ അവിടെയും ഒരു എനിക്ക് കടന്നു പോകാനൊരു വഴിയുണ്ട് ഇത് പലരും കാണുന്നില്ല ഒരു ജീവിതത്തിൽ ആ ബ്ലോക്ക് മാത്രമേ കാണുള്ളൂ ആ ബ്ലോക്കിനെ തരണം ചെയ്യാൻ എവിടെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും ചിലയിടത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗംഗോത്രിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പാ രസാണ് പാറകളൊക്കെ ഒരു ഭാഗത്തൂടെ വെള്ളം ഒഴുകുമെങ്കിലും വെള്ളം മാക്സിമം ട്രൈ ചെയ്യും ഇതിന്റെ താഴെക്കൂടെ ഒഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ കുത്തി കുത്തി കുത്തി ആ വെള്ള മറ്റേ ഇടിച്ചിടിച്ച് എന്തിന് പറയുന്നു പാറ പൊടിച്ച് പൊടിച്ച് പൊടിച്ച് പൊടിച്ചിട്ട് ഒരു നാലഞ്ച് കൊല്ലം കൊണ്ട് നമ്മൾ ഒരിക്കൽ പോയതായാലും പിന്നെ കാണുക നാലഞ്ച് കൊല്ലം കൊണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ആ പാറയുടെ ഉള്ളിൽക്കൂടി ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ടാവും ആര് വഴി ഉണ്ടാക്കിയിട്ട് സംഗതി അപ്പുറത്ത് കടന്നിട്ടുണ്ടാവും നിങ്ങൾ സരസ്വതി നദിയിലെ എവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും എത്ര വലിയ പാറകളെയാണ് ഇവൻ പൊരന്ന് വെള്ളം അപ്പുറത്ത് കടന്നിരിക്കുന്നത് അത്ര മനോഹരമാണ് അപ്പോ എല്ലാറ്റിനും നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനൊരു വഴിയുണ്ട് അപ്പുറത്തും ഉണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിലേ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റണം പലരും ഈ ബ്ലോക്കിൽപ്പെട്ട് അവിടെ കുരുങ്ങി നിൽക്കും അവരുടെ വിചാരം ശാപമാണ് ജീവിതം ദുഃഖമാണ് ജീവിതം പ്രയാസമാണ് ജീവിതം എന്നാൽ ഇവിടെ ഭഗവാനാണെങ്കിലോ പരീക്ഷിക്കാൻ വേണ്ടി ജതേന്ദ്രനെ ഒരു മുതലേക്കൊണ്ട് പിടിപ്പിച്ചു ഇതിലോ വത്സേവായാ വൈദവാദുർനിരോധം യുദ്ധന്തം തം വത്സരാണ സഹസ്രം പ്രാപ്തേ കാലേ തത്പദേകാഗ്രസിദ്ധി നക്രാകാന്തം ഗസ് പൈം വ്യതാസ്തം പണ്ട് ഭഗവാനെ ഭജിച്ചതിന്റെ ഒരു മഹിമ രാജാവിന്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ആ കുടുംബ ബന്ധങ്ങളിൽ നിന്നും മനസ്സിനെ കൊണ്ട് മുക്തമാക്കാൻ സാധിച്ചില്ല പൂർണ്ണമായി തന്റെ മനസ്സിനെ ഭഗവാനിലേക്ക് അർപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആ ഒരു അർപ്പണത്തെ വരുത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ ആരെക്കൊണ്ട് പിടിപ്പിച്ചു പൊതലയെക്കൊണ്ട് പിടിപ്പിച്ചു പറയാണ് വൈഭവാ ദുർനിരോധം പത്സരാണം സഹസ്രം യുദ്ധന്തം കുറെ അവൻ ആ ആന പൊതലയുമായി ഏറ്റുമുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി തന്റെ മസിൽ പവർ കൊണ്ടൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ നോക്കി ഭാര്യയും മക്കളും എല്ലാവരും പിടിച്ച് കരകയറ്റാൻ നോക്കി ആരെല്ലാം പിടിച്ചിട്ട് കരകയറ്റാൻ പറ്റാതെ വന്ന സമയത്ത് അസ്ഥിവീര്യം തത്പതൈകാഗ്രസിദ്ധി കാലപ്രാപ്തി കാലം പ്രാപ്തമായപ്പോൾ ഭഗവാന്റെ പാദങ്ങളെ തന്നെ ഈ ഗജേന്ദ്രൻ പിടിക്കും എന്ന് കാണുന്നതുവരെ ഭഗവാൻ പരീക്ഷണം ചെയ്തു എന്നാണ് പിന്നീട് ഗജേന്ദ്രന് മനസ്സിലായി ഇനി ഭാര്യയ്ക്കും മക്കൾക്കും ആർക്കും തന്നെ രക്ഷിക്കാൻ സാധ്യല്ല ഗജേന്ദ്രനെ തന്നെ പറയും ആത്മാത്മകേഹജനം ജനേഷും ദിത്തേ ആസക്തയും ഞാൻ ഭാര്യ മക്കള് കുടുംബം വീട് സമ്പത്ത് ഇതിനൊക്കെ ആസക്തനായിക്കൊണ്ട് ഞാൻ വിചാരിച്ചു ഇവർക്കെല്ലാം എന്നെ രക്ഷിക്കാൻ സാധിക്കുന്നു എന്നാൽ എന്നെനിക്ക് മനസ്സിലായി ദുഷ്ടാപണായ ഗുണസംഘ വിവർദ്ധിതായ ഇനിയൊന്നും ഇവർക്ക് രക്ഷിക്കാൻ സാധ്യല്ല എന്ന് മനസ്സിലാക്കി ഇനി ആർക്കെന്നെ രക്ഷിക്കാൻ സാധിക്കും മുക്താത്മവിസ്വഹൃതയെ പരിഭാവിതായ ഞാനാത്മനെ ഭഗവതെ നമീശ്വരായ ഇതിൽ നിന്നും ഇനി എന്നെ രക്ഷിക്കാൻ സാധ്യല്ല ഇനി എന്നെ രക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ എന്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്ന ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലായത് അവിടുന്ന് സ്തുതിക്കുകയാണ് ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കുന്നത് ആക്തപ്രാത്തനജ്ഞാനഭക്തി പൂർവാദ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം ശ്രോത്രശ്രേഷ്ഠം സ്വന്താതി പരാത്മൻ അങ്ങനെ ആർത്തിവ്യക്തപ്രാപ്തന ജ്ഞാന ഭക്തി പണ്ടതു തന്റെ മനസ്സിലുള്ള ദുഃഖാധിക്യത്താൽ കാലിലുള്ള വേദന കൊണ്ടും മറ്റും ഭഗവാനെ അവിടെ നിന്ന് എല്ലാ അജ്ഞാനവും നീങ്ങിക്കൊണ്ട് ഉള്ളിൽ തന്നെ ഭഗവാനെ കണ്ടുകൊണ്ട് പുണ്ടരീകൈ സമൻ ചുണ്ടോക്ഷിത തന്റെ തുമ്പിക്കൈ കൊണ്ട് താമരപ്പൂ പറിച്ചെടുത്ത് ആ താമരപ്പൂ മുകളിലേക്ക് എറിഞ്ഞുകൊണ്ട് അതാ അവിടെ നിന്ന് ഭഗവാനെ അർച്ചിക്കാൻ തുടങ്ങി ദരിവിശേഷാത്മനിഷ്ഠം സ്വോത്രശ്രേഷ്ഠം തന്റെ ആത്മാവായി തന്നെ ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് തന്റെ ആത്മസ്വരൂപനായ ഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ നിന്നും താമരപ്പൂ പ്രച്ചെടുത്ത് അർച്ചന ചെയ്തു എന്നിട്ടോത്വശ്രോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ് സർവാത്മത്വം ഭൂരികാരുണ്യവേകാൽ സാക്ഷ്യാരോടപ്രേക്ഷിതോ ഗോപുരസ്ഥാൽ ഇങ്ങനെ നിർഗുണസ്ഥമായിരിക്കുന്ന ഒരു പ്രത്യേക രൂപത്തെ അല്ല ഇവിടെ രരീന്ദ്രൻ സ്തുതിക്കുന്നത് തന്റെ തന്നെ ആത്മാവായിരിക്കുന്ന ഭഗവാനെ സ്തുതിച്ചപ്പോൾ ബ്രഹ്മാതിദേവന്മാരെ മനസ്സിലാക്കി ഞങ്ങളെയല്ല ഞങ്ങളെയല്ല ബ്രഹ്മേശാതി അഹണ്ണ അഹണ്ണ ഞങ്ങളെയല്ല ഞങ്ങളെയല്ല അപ്പോൾ പിന്നെ ആരോരും ഭൂരികാരുണ്യവേകാൽ ആത്മസ്വരൂപനായ ഗുരുവായൂരിപ്പൻ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് അവിടെ നിന്ന് ദാക്ഷ്യാരൂപ പുരസ്ഥാൽ ഗരുണാരൂഢനായിക്കൊണ്ട് അവന്റെ മുന്നിൽ പ്രകടമായീനാണ് എതിട്ടു അസ്തീന്ദ്രം ഹസ്തമത്നേന ധൃത്ത ചക്രേടം നക്രവര്യം വ്യധായീ ഗന്ധർവേസ്മുക്തശാശഹസ്തീ വൽസാരൂഹ്യം പ്രാപ്യവീരീപ്പ ആ ഗജേന്ദ്രനെ ഭഗവാൻ തന്റെ തുമ്പിക്കൈ തന്റെ കൈയിലിരിക്കുന്ന സുദർശന ചക്രം കൊണ്ട് മുതലയുടെ തലയങ്ങോട്ട് വെത്തി എന്നിട്ട് കൈ പിടിച്ചുകൊണ്ട് ആ തുമ്പിക്കൈ പിടിച്ചുകൊണ്ട് കരയിലേക്ക് കയറ്റി അപ്പോഴേക്കും ആ ഗജേന്ദ്രൻ പ്രേമം കൊണ്ട് ഭഗവാനോടുള്ള അങ്ങേയറ്റ സ്നേഹം കൊണ്ട് ഒരു തുമ്പിക്കൈയിൽ ഒരു താമരപ്പൂ പറിച്ചെടുത്ത് ഭഗവാന്റെ നേരെ കാണിച്ചുകൊണ്ട് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതാണല്ലോ കുറ്റി സാമ്പുര കരയെ ആ കൈകളെക്കൊണ്ട് തുമ്പിക്കൈ കൊണ്ട് താമരപ്പൂ ഉയർത്തിക്കൊണ്ട് അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ആരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ ആരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ ഇപ്രകാരം ഉച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ കയ്യിലേക്ക് കൊടുക്കുന്നതും ഭഗവാൻ തുമ്പിക്കയിൽ പിടിച്ച് ഉയർത്തിയതും ഇപ്രകാരം ഏതൽ വൃത്തം തോം ഗായേയോ സോയം ബോയ്യാൽ സാർദ്ധം ഗദസ്തം ഏതദ്വൃത്തം ആരാണോ ഈ ഉപാഖ്യാനത്തെ മാം ത്വാം എന്നെയും നിന്നെയും രാഗേ ഗായേ രാവിലെ ആരാണോ സ്മരിക്കുന്നത് ശ്രുതിക്കുന്നത് അവനെ ശ്രേയസേസിയാൽ ശ്രേയസ് കൈവരും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഗജേന്ദ്രനെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് പോയി ഇപ്രകാരം ആ ഗജേന്ദ്രനെ കൊതനയുടെ പിടിയിൽ നിന്ന് മുക്തമാക്കിയ ഗുരുവായൂരപ്പ അതുപോലെ തന്നെ എല്ലാ രോഗത്തിൽ നിന്നും മുക്തമാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണിം വിഷ്ണോ ബാഹിവാദാലേശ അങ്ങേ ഞാൻ ശരണം പ്രാപിക്കുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ പറയുന്നില്ല എന്നെ വാദരോഗത്തിൽ നിന്ന് മുക്തമാക്കണമെന്ന് ഇതിനെ നോക്കു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അപ്പോ പട്ടുതിരിപ്പാട് തന്നെ അറിയാം തന്റെ മനസ്സിനെ ഗുരുവായൂർപ്പിന് വിട്ടുകൊടുത്താൽ തന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആർക്ക് സാധിക്കും ഭഗവാനെ സാധിക്കും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് മനസ്സിലായത് കൊണ്ടാവാം അപ്രകാരം ഇവിടെ പ്രാർത്ഥിക്കാതിരുന്നത് ഈ ഒരു വ്യാഖ്യാനത്തെയാണ് ഗതേന്ദ്രമോക്ഷം എന്ന് പറയും ഈ കഥ നമ്മൾ കേൾക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ചില തത്വങ്ങളെ ഗ്രഹിക്കണം നമ്മുടെ പുരാണ ആചാര്യന്മാരൊക്കെ കഥ പറയുമ്പോഴൊക്കെ അവർക്കറിയാം ഈ കഥകൾ പറഞ്ഞ് മുഖ്യം ഈ കഥകളിലെല്ലാം ചില തത്വങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് പണ്ടൊരു ആനയെ മുതല പിടിച്ചു എത്രയോ മുതല പിടിച്ചിട്ടുണ്ടാവും എത്രയോ ആനകളെ അല്ലേ എന്നാൽ ഇത്തരത്തിലുള്ള കഥകൾ എന്തിനാ പറയുന്നത് ഇതിന്റെ പിന്നിൽ നമുക്ക് ചിന്തിക്കാനേറെ അതെന്താ ഇവിടെ ചിന്തിക്കാനുള്ളത് ഗജേന്ദ്രൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളെ തന്നെയാണ് ഗജേന്ദ്രനായി ചിത്രീകരിച്ചിരിക്കുന്നത് അതെന്താ നമ്മൾ ഗജേന്ദ്രനാവുന്നത് നമ്മൾ എങ്ങനെയാണ് ഗജേന്ദ്രനാവുന്നത് ആന അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും ശക്തിയുള്ള മൃഗമാണ് ആന പക്ഷെ ഒരു ദൌർബല്യം എന്താന്ന് വെച്ചാൽ സ്വന്തം ശക്തിയെക്കുറിച്ച് അതിന് അറിയില്ല ആനയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ മനുഷ്യർ കൊണ്ടു നടക്കണത് നമ്മുടെ ദൈവങ്ങളെയൊക്കെ എഴുന്നള്ളിക്കുന്ന ആനപ്പുറത്തല്ലേ ഏതെങ്കിലും ജോലിച്ചൊരു പറയോ അയ്യപ്പ സ്വാമിയെ പുലിയുടെ ഒത്തന്നെ എഴുതള്ളിക്കുന്നതാണ് അദ്ദേഹത്തിന് പറയോ പുലിപ്പുറത്ത് അയ്യപ്പസ്വാമിയെ എഴുതള്ളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധാളുകളൊന്നും ആവടി ശിവമുണ്ടാവില്ല അതുപോലെ ദുർഗാദേവി എഴുതള്ളിക്കുകയാണെങ്കിൽ ആന്റെ പുറത്ത് എഴുന്നള്ളിക്കണം സിംഹത്തിന്റെ പുറത്ത് കണക്ക അതുപോലെ പരമശിവനെ കാൾ പുറത്തെഴുതള്ളിക്കണം മിക്കവാറും അമ്പലത്തിൽ ആരും ഉണ്ടാവില്ല സിന്തിനെ ഇവരുടെ പുറത്തൊന്നും കാരണം അവരൊക്കെ അപകടമാണ് തായ്ലാന്റിൽ ക്ഷേത്രമുണ്ട് അവിടെ ഈ ബുദ്ധസന്യാസിമാര് പുലികളുടെ കൂടെ നടക്കുകയും ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമുണ്ടെന്നും തായ്ലൻഡല്ല പക്ഷെ നമ്മളെ ഇന്ത്യയിലും ഇവിടെ കൂടി കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ആനയെക്കൊണ്ട് എഴുന്നള്ളിക്കാൻ സാധിക്കുന്നത് ആനയ്ക്ക് ശക്തിയുണ്ടെങ്കിലും ആനയ്ക്ക് തന്റെ ശക്തിയെക്കുറിച്ച് ഓർമ്മയില്ല ബുദ്ധിയില്ല എന്ന് പറയാം എന്ന് പറയാം ഇതുപോലെയാണ് മനുഷ്യരിൽ ശക്തിയുണ്ടെങ്കിലും തന്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് നമ്മളെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് പലപ്പോഴും നമ്മൾ ശക്തി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ശക്തി എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ് ശക്തി നമ്മൾ അനുഭവിക്കുന്നത് ഒന്നാമത്തെ ശക്തി ശാരീരിക ശക്തി നമ്മുടെ ശരീരം നല്ല ഉഷാറാണെങ്കിൽ നമുക്ക് കുറെ ശക്തി തോന്നും രണ്ടാമത് നമുക്ക് ശക്തി തോന്നുന്നത് സമ്പത്തിലാണ് ഇനി ശരീരത്തിന് വീക്കായാലും നമ്മൾ പറയും ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് അങ്ങനെയെന്ന് എന്നെ തളർത്താൻ സാധ്യത സമ്പത്തിൽ ഒരു ശക്തി കാണും മൂന്നാമത്തെ ശക്തി ബന്ധുക്കളിൽ നീ നമ്മളിത്ര വി കാര്യം കുഴപ്പമില്ല നമ്മുടെ കൂടെയുള്ളവർ സ്ട്രോങ് അതുകൊണ്ടാണ് വളരും തോറും നമ്മൾ പ്രായം വരുന്നവർ കുട്ടികളോട് ചോദിക്കുന്നത് നമ്മൾ കുട്ടികളെ കൂടുതൽ സ്നേഹിക്കുന്നത് കാരണം നമുക്കൊരു ഉറപ്പ് വേണം അവര് അവരെന്ത് തെറ്റിയതലേ കുഴപ്പമില്ല സാരല്ലേ സാരൊന്നുമില്ല അതെല്ലാവർക്കും സംഭവിക്കുന്നതാണ് കാരണം അവരോട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശക്തി പോവുകയും അപ്പൊ നമുക്ക് അവരുടെ സപ്പോർട്ട് വേണം അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ ഒന്നുകിൽ ബന്ധുക്കളിൽ ശക്തി കാണും അല്ലെങ്കിൽ കമ്പത്തിൽ ശക്തി കാണും അല്ലെങ്കിൽ ശരീരത്തിൽ ശക്തി കാണും ശരീരം വീക്കായാൽ പിന്നെ മറ്റുള്ളവരുടെ കൂടെ പോകാൻ തുടങ്ങും അതുകൊണ്ടാണ് പ്രായം കൂടുന്തോറും നമുക്ക് മറ്റുള്ളവരുടെ കൂടെ പോകേണ്ടി വരുന്നത് അതും പ്രായം കൂടുന്തോറും പ്രായമുള്ളവരുടെ കൂടെ പോയില്ല പ്രായം കൂടുന്തോറും പോകുന്നത് പ്രായം കുറഞ്ഞവരുടെ കൂടിയേ പോവുക കാരണം നമുക്കറിയാം പ്രായമുള്ളവരെ പിടിച്ചിട്ട് കാര്യമില്ലേ നീന്ന് ഇല്ലാത്തവരെ പിടിച്ചാലേ കാര്യമില്ല അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ മനുഷ്യന്റെ അവസ്ഥ ഈ ശക്തികളാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മളൊന്ന് വിവേകത്തോടുകൂടി അറിയൂ ശരീരത്തിന് ആരാ ശക്തി കൊടുക്കുന്നത് ബന്ധുമിത്രങ്ങൾക്ക് എവിടെന്നാ ശക്തി കിട്ടുന്നത് ഇതിനൊക്കെ കുറവിടത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാം മറ്റൊരാളെ ആശ്രയിക്കാൻ കാരണം അയാളിലും ഒരു ഈശ്വര ചൈതന്യം ഉള്ളതുകൊണ്ടാണ് ശാരീരികമായി നിങ്ങൾ എത്ര ശക്തരാണെങ്കിലും ഈശ്വര ചൈതന്യമില്ലെങ്കിൽ ഒരാൾക്കും ശക്തി കണ്ടെത്താൻ സാധ്യ ശക്തിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടെയായിരിക്കണം നമ്മളിലിരിക്കുന്ന ചൈതന്യം തന്നെയായി പക്ഷേ മനസ്സ് കുറെ കാലം സ്ഥൂലമായ ശരീരത്തെയും ബന്ധുക്കളെയും അതിനെ ആശ്രയിച്ചാശ്രയിച്ച് സൂക്ഷ്മമായതിനെ ഗ്രഹിക്കാൻ മനസ്സിന് സാധിക്കാത്തടത്തോളം കാലം സൂക്ഷ്മമായ ശക്തിയെ അനുഭവിക്കാൻ നമുക്ക് സാധ്യ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മുനിസിപ്പൽ വെള്ളം ഉപയോഗിക്കണം മുനിസിപ്പൽ വെള്ളം നമുക്കറിയാം അത് വേറൊരാൾ സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണെന്ന് നേരെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉറവ് നല്ല ഉറവുള്ളൊരു കിണറുണ്ടെങ്കിൽ ആ ഉറവ് ശക്തമാണെങ്കിൽ ഇനി വെള്ളം കുറച്ച് കുറഞ്ഞാലും നിങ്ങൾക്കറിയാം ഉറവുള്ളിടത്തോളം കാലം വെള്ളമുണ്ടായിരിക്കുന്നു നിങ്ങൾക്ക് കോൺഫിഡൻസ് പോവില്ല ആത്മവിശ്വാസം പോവില്ല ഇതുപോലെ നമുക്ക് നമ്മളിലൊരു ആത്മവിശ്വാസം വരാനുണ്ട് എന്റെ ഉള്ളിൽ ഈശ്വര ചൈതന്യം ഉള്ളോടത്തോളം കാലം ഭഗവത് സാന്നിധ്യം ഉള്ളോടത്തോളം കാലം എന്നെ തളർത്താനൊന്നിനും സാധ്യമല്ല എന്നൊരു കോൺഫിഡൻസ് നമുക്ക് വരണമെങ്കിൽ നാം അതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടും അതിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് അറിവ് ഇപ്പോ നമ്മൾ പലരെയും ആശ്രയിച്ചു കിട്ടുന്ന ശക്തി അത് യഥാർത്ഥത്തിൽ വരുന്നത് അനുഭവിക്കാൻ സാധിക്കുന്നത് നമ്മളിലെല്ലാം ഈശ്വരന്റെ ഒരു സാന്നിധ്യമുള്ളതുകൊണ്ടാണെന്നും അതിലാണ് യഥാർത്ഥ ശക്തിയെന്നും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവോ അന്നാണ് നമ്മൾ ജ്ഞാനത്തിലേക്ക് വരുന്നത് അപ്പൊ ഗുരുവിന്റെ ആവശ്യം എന്തിനാണ് ഗുരുവിനെന്തിനാ ഗുരുവിനെന്തിനാ വെച്ചിരിക്കുന്നത് ഗുരുക്കന്മാരുടെ ഉദ്ദേശ്യം എന്താണ് അജ്ഞാനതിമിരാന്ത ജ്ഞാനാഞ്ജനശലാകയ ചട്ടുരുൺമീലിതം യേന സസ്മൈ ശ്രീ അജ്ഞാനമാകുന്ന പിമിരത്തെ മാറ്റി ജ്ഞാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഏത് ജ്ഞാനം എന്റെ എല്ലാ ശക്തിയുടെയും ഉറവിടം എന്നിൽ ഈശ്വരന്റെ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അന്ന് നമ്മൾ മുക്തരായി എന്ന് പറയുക പക്ഷെ അതിലേക്ക് മനസ്സിനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ മനസ്സ് മറ്റുള്ള ചിന്തകളിൽ നിന്നും ആരെ സ്തുതിക്കാൻ തുടങ്ങണം ഭഗവാനെ സ്തുതിക്ക അങ്ങനെ സ്തുതിച്ച് സ്തുതിച്ച് സ്തുതിച്ച് താമരയെപ്പോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഇവിടെ ഗജേന്ദ്രൻ ഭഗവാൻ ഓഫർ ചെയ്യുന്ന സാധനം താമരപ്പൂ എന്താ ഭഗവാന് വലിയ ഇഷ്ടം വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ടാണോ അല്ല പിന്നെന്താ ഭഗവാൻ താമരപ്പൂ ഇഷ്ടപ്പെടാൻ കാരണം താമരപ്പൂവിന്റെ പ്രത്യേകത അത് വെള്ളത്തിൽ ഇരിക്കുമ്പോഴും വെള്ളം അതിൽ നിൽക്കുമ്പോഴും വെള്ളം ഒട്ടിപ്പിടിക്കുന്നത് സമ ഇതുപോലെ നമ്മൾ കുടുംബജീവിതത്തിൽ ജീവിക്കുമ്പോൾ അത് നമ്മളെ ഒട്ടിപ്പിടിക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ ചിന്തയിൽ നമ്മൾ ജീവിക്കാൻ മനസ്സിനെ അനുവദിക്കരുത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകത അത് ചിന്തകളാണല്ലോ മനസ്സ് അത് ഏതിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അതിൽ തന്നെ മനസ്സ് ഒട്ടിനിൽക്കും നിങ്ങൾ ഒരേ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഉറപ്പിച്ചിട്ടാണോ ഒരു കാര്യത്തിന് സത്യത്വം കൊടുക്കുന്നത് അപ്പം നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും ഇതൊക്കെ നമുക്ക് അടുപ്പമുള്ളവരായി തീരുന്ന നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോഴേ നിങ്ങൾ ദിവസവും ഒരാളോ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കുറെ കഴിഞ്ഞ ആളോട് ബന്ധുത്വം വരും നിങ്ങൾക്ക് ക്ലോസ്നസ് വരും നേരെ മറിച്ച് നിങ്ങളുണ്ടല്ലോ അടുത്ത ആളാണെങ്കിൽ പോലും തീരെ സംസാരിക്കാതിരുന്നാൽ നിനക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിലും അവരോട് അകൽച്ച വരും ഉണ്ടോ ഇല്ല അപ്പൊ നമ്മുടെ മനസ്സാണ് അടുപ്പവും അകൽച്ചയും സൃഷ്ടിക്കുന്നത് ഇന്ന് നമ്മൾ ഭഗവാനെ അടുത്തിട്ടില്ലെങ്കിൽ ോട് കൂടുതൽ അടുക്കുന്ന വിധത്തിൽ നമ്മൾ സമയം ചിലവഴിച്ചിട്ടില്ല എന്നർത്ഥം അപ്പൊ ദിവസവും നമ്മൾ കുറച്ചുനേരം ഭഗവത് കാര്യത്തെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഭഗവാനോടൊരു അടുപ്പം വരും നേരെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു സമയത്താണ് ഭഗവാനെ ഭജിക്കുന്നതെങ്കിൽ ഇന്നത്തെ കുട്ടികളുടെയൊക്കെ ജീവിതം അങ്ങനെയാണല്ലോ ആഴ്ചയിലൊരിക്കലാണ് അവർക്ക് ഭഗവാനുള്ളത് അതുവരെ ഒരു സോഫ്റ്റ്വെയറും അത് കഴിഞ്ഞാൽ ആഴ്ചയിലൊരിക്കൽ എല്ലാ വയറിനും വീക്കാകുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈശ്വരൻ എന്നുള്ളൊരു വയരം കൂടി ഉണ്ട് അപ്പോഴേ അവർ ഈശ്വരനെ ചിന്തിക്കുള്ളൂ അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലും ഈശ്വരനെ ചിന്തിക്കുന്നതോടെ അവർക്ക് ഈശ്വരനോട് അടുപ്പം തോന്നുന്നില്ല ഒരു വിഷമം വന്നാൽ അവർക്ക് അതിനെ നേരിടാൻ പറ്റുന്നില്ല നോക്കൂ നമ്മൾ ഇന്നത്തെ തലമുറയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ ചിന്തിക്കുന്ന ദിവസവും നമ്മൾ ഇ ഫി കീപ്പ് അപ്പോയിന്റ്മെന്റ് ഡെയിലി നമ്മൾ ഡെയിലി അപ്പോയിന്റ്മെന്റ് വെക്കുകയാണെങ്കിലോ വളരെ ഒരു ക്ലോസ്നസ് ഉണ്ടാവും അപ്രോക്സിമിറ്റി ഉണ്ടാവും അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ചു നേരം ദിവസവും ഭഗവാനോട് അടുക്കും തോറും ഭഗവാനാകുന്ന ബന്ധുക്കം കൂടും അപ്പം നമ്മുടെ മനസ്സ് നമ്മളോട് പറയും കൂടെ എപ്പോഴും ആരുണ്ട് ഭഗവാനുണ്ട് ഇന്ന് നമ്മളെ മറ്റുള്ളവരെ ചിന്തിച്ച് അവരുണ്ട് എന്ന് ഉറപ്പിച്ചതുപോലെ ഇനി മനസ്സിനെ ഉറപ്പിക്കണം അവരല്ല ഉള്ളത് ഭഗവാനാണുള്ളത് ഭഗവാനുള്ളത് അപ്പം നമുക്ക് മനസ്സിന് കുറെ ശക്തി കിട്ടും ശാരീരികമായ ശക്തിയേക്കാൾ വലുതാണ് മാനസികമായ ശക്തി അത് പലരും തിരിച്ചറിയുന്നില്ല മാനസികമായ ശക്തി കിട്ടണമെങ്കിൽ അത് ചിന്തകളിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ ചിന്തകളാണ് ശക്തി തരുന്നത് ഏത് ചിന്ത ഏത് ചിന്ത തരും കൂടെ ഭഗവാനുണ്ട് എന്ന ഒരു ചിന്ത ആ ബോധം നമുക്ക് അതുകൊണ്ടാണ് പട്ടതിരിപ്പാട് തുടങ്ങിയത് സാന്ദ്രാനന്ദബോധം ഒക്കെ നിറഞ്ഞിരിക്കുന്ന ആനന്ദമായിരിക്കുന്ന ഒരു ബോധവസ്തു ചൈതന്യ വസ്തു കൂടെയുണ്ട് എന്ന ബോധം അത് നമുക്ക് ശക്തി തരും ഇപ്രകാരം ജിതേന്ദ്രൻ മുക്തനായി എന്ന് പറഞ്ഞാൽ അജ്ഞാനമാകുന്ന മുതല അജ്ഞാനമാകുന്ന മുതലയാണ് നമ്മളെ പിടിച്ച് ഭഗവാനിൽ നിന്നും അകറ്റി പല പല ക്ലേശങ്ങളും അനുഭവിപ്പിച്ച് തളർത്തുന്നതെങ്കിൽ ആ അജ്ഞാനം വിട്ടുകൊണ്ട് നമ്മൾ ജ്ഞാനമായിരിക്കുന്ന സത്യത്തെ അതാരാണ് ജ്ഞാനം ഉള്ളിൽ ഭഗവാനുണ്ടെന്ന അറിവിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തിയാൽ അജ്ഞാനമാകുന്ന മുതല വിട്ടുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ആരോടടുക്കും ഭഗവാനോട് അപ്പൊ നമ്മൾ കരകയറി എന്ന് പറയാം അതിനെ നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം ഒരു താമരപ്പൂ പോലെ ജീവിക്കണം താമരപ്പൂവിന്റെ പ്രത്യേകത വെള്ളം നിന്നാലും വെള്ളം അതിൽ ഒട്ടിപ്പിടിക്കാൻ അതിരിക്കില്ല ഇനി മറ്റൊരു പ്രത്യേകത അത് സൂര്യനെ നോക്കിക്കൊണ്ട് വിടരുന്ന് ഇതുപോലെ നമ്മുടെ ഉള്ളിൽ മനസ്സ് ബന്ധുമിത്രാദികളുടെ കൂടെ ഇരിക്കുമ്പോഴും അത് വിടരേണ്ടതും വികസിക്കേണ്ടതും ആരെ നോക്കിക്കൊണ്ടുവേണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സൂര്യ സൂര്യപ്രകാശത്തെ നോക്കിക്കൊണ്ടുവേണം മനസ്സിലാവുന്നുണ്ടല്ലോ ഈ രീതിയിൽ നമ്മൾ കാണുമ്പോൾ വിജേന്ദ്രന്റെ കഥ ആരുടെ കഥയാണ് നമ്മുടെ കഥയാണ് നമ്മളാണ് മാറേണ്ടത് ഇപ്രകാരം ഈ കഥ പറഞ്ഞ മത്സരം ഇനി പാലാഴി മഥനം ഭഗവാന്റെ കൂർമാവതാരം തുടങ്ങിയിട്ടുള്ള രീതികൾ പറയുന്നത് ദുർവാസാസുരവരിതാ ദിവ്യമാലിം ചക്രായ സ്വയമുദായ ഭൂയ നാഗേന്ദ്രതിമൃതിദേശാപചക് സാക്ഷാതി ദുർവാസ സ്വരവനിത ദിവ്യമാല ഇത് ഭട്ടതിരിപ്പാട് ഭാഗവതത്തിരി വ്യത്യസ്തമായിട്ടാണ് പറയുന്നത് പട്ട ദുർവാസമാഷി വൈകുണ്ഠത്തിൽ ചെന്നു ഭഗവാൻ തന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന പാരിജാതപ്പൂ മാല ദുർവാസാവിന് കൊടുത്തു എന്നാണ് പക്ഷെ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത് സ്വരവനിത ദേവസ്ത്രീകള് അപ്സരസ്സുകൾ ഒരു മാല കെട്ടി എന്നാണ് പാരിജാതപ്പൂവിന്റെ മാല കൊടുത്തു ദുർവാസ കൊടുത്തു അദ്ദേഹം ആ മാല കഴുത്തിലിട്ടപ്പോൾ ആ മാലയ്ക്കാണെങ്കിൽ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ സുഗന്ധം കൊണ്ട് വണ്ടും ഈച്ചകളും അതുപോലെ തന്നെ തേനീച്ചകളും മറ്റും ആ മാലയ്ക്ക് ചുറ്റും പറന്ന് ശല്യമായി തീട്ടത് കാര്യൊക്കെ നല്ല മാലയാണ് കഴുത്തിൽ കെട്ടി നടന്നുകഴിഞ്ഞാൽ ഈച്ചകളും വണ്ടുകളൊക്കെ ഉപദ്രവിച്ചപ്പോൾ ഇത് ആർക്കെങ്കിലൊന്ന് കൊടുക്കണം ആർക്കാ കൊടുക്കുക നോക്കുന്ന സമയത്തുണ്ട് ശക്രായ ഇന്ദ്രൻ വരുടോ കാത്തിരുന്നില്ല ഇന്ദ്രന്റെ കഴുത്തിലിട്ട് കൊടുത്തു ഇന്ദ്രനാണെങ്കിലോ തന്റെ ഉപ്ര തന്റെ വേലയിൽ ഉപദ്രവമൊക്കെ വന്നപ്പോൾ ഇത് വേഗം നാഗെന്ത പ്രതിമുതിജേന്ദ്രന്റെ വസ്തകത്തിൽ വിസ്തരിച്ചിട്ടു നോക്കണേ ആദ്യം നിർവാസാവിന് കിട്ടി പിന്നെ അത് ഇന്ദ്രന്റെ അടുത്തെത്തി ഇന്ദ്രൻ അതിനെ ഗജേന്ദ്രന്റെ കഴുത്തിലിട്ട് മറ്റേ വസ്തകത്തിലിട്ടു അതിന്റെ കണ്ണിലും ഈ ചെവിയിലും ഈച്ചകളും മൊത്തം ഒന്ന് കുത്തി ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോ അതിനുണ്ടോ ബുദ്ധി അതിനിയും അല്ലവരുടെയും കഴുത്തിലിടണം നല്ല ആലോചിച്ചത് അതോട് പറയണു പ്രതിബുദിതയെ ആരച്ച് ചാവട്ടി അങ്ങോട്ട് കോപം വന്നു ദുർവാസാവ് തെറ്റ് ചെയ്തത് ഗതേന്ദ്രനാണ് പക്ഷെ ശപിച്ചതാർക്കാണ് കിട്ടിയത് ചക്രംശാപം അതങ്ങനെയാണല്ലോ പൊതുവെ നിയമം അങ്ങനെയാണല്ലോ അപ്പൊ നിങ്ങളെ പട്ടിയും കൊണ്ട് പോകുമ്പോൾ നിങ്ങളെ പട്ടി വേറെ എല്ലാവരും കടിച്ച പട്ടിക്കെതിരെയാണോ കേസ് കൊടുക്കുക കേട്ടോ നിന്റെ പട്ടിക്കെതിരെയും കേസ് കൊടുത്തിട്ടില്ല പട്ടിയുടെ ഓണർക്കെതിരെയാണ് കേസ് ഇതുപോലെ ആനയുടെ ഓണമായിരിക്കുന്ന ഗതേന്ദ്രനെതിരെ ശാപം അത് കേസില്ലാത്തതോടെ ശാപം കൊടുത്തു എന്താണ് ദേവതാം സജാനം ശാന്തി ഭട്ടതിരിപ്പാൻ പറയണ ഭഗവാനെ ചെലവരൊക്കെ അങ്ങനെ അവിടുത്തെ ഭക്തന്മാരാണെങ്കിൽ ശാന്തി ഇല്ലാത്തവരാണ് ദുർവാസാവിനെ ഒന്ന് എന്താണ് ഇതാക്കിക്കൊണ്ട് പറയുകയാണ് ദുർവാസാവ് മാർഷിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കോപം വരാൻ പാടില്ല ഒരു ഭക്തനാണെങ്കിൽ ഭക്തന് പെട്ടെന്ന് ശാന്തി പോവാൻ പാടില്ല എങ്ങനെയാ ദുർവാസാവിന് എന്തായാലും ഇതൊക്കെ ഭഗവാന്റെ ഒരു പരീക്ഷണമായിരിക്കണം അങ്ങനെ കോപം വരാനും ഇന്ദ്രെയും കൂട്ടി പരീക്ഷിക്കാനായിരിക്കണം ഏതായാലും ഇവിടെ ശാപം കിട്ടിയത് എന്താ ശാപം ജരാവ്യാധികൾ ജലകളോ കൃത്യം ബാധിച്ചുകൊണ്ട് ആള് തളർന്ന അവശനാണ് നല്ല സ്ട്രോങ് ഹോർലിക്സ് മോഡലായിരുന്ന നമ്മുടെ ഗതി അല്ല ഇന്ദ്രനും കൂട്ടരും ഒക്കെ ശാപം കിട്ടിയതോടുകൂടി സോമാലയിലെ ആൾക്കാരുണ്ടല്ലോ ഭക്ഷണം കിട്ടാത്തവർ ആളുകൾ അതുപോലെ അവരൊക്കെ മെലിഞ്ഞുടങ്ങി ഇതിലോ ശാപേരപ്രതി ്യസുരിതീഷു നിഷ്പ്രഭേഷു സർവാദയാക്കമലജമേറ്റിവാണ പ്രഭവസമം ഇങ്ങനെ ശാപേണ നിർജരേന്ദ്രേ പ്രതിജറെ എല്ലാവരും ജരാ വന്ന് എല്ലാവരും തളർന്ന അവസരമായി എല്ലാവരും മെലിഞ്ഞു ആ സമയത്തോ അസുരചിതീഷു അസുരന്മാർ കാത്തിരിക്കുക ഒരവസരം ഇവരൊന്ന് വീക്കായിട്ട് വേണം മറ്റവർക്കൊന്ന് അടിച്ചു ഇതാക്കാൻ അസുരന്മാർ വന്നു ദേവേന്ദ്രനെയും കൂട്ടരെയും പുറത്താക്കി ദേവലോകം അവരുടെ കയ്യിലായി ആ സമയത്തോ എല്ലാവരും കൂടെ ചേർന്ന് പ്രഭവ സർവദ്യ സർവദേവ എല്ലാ ദേവന്മാരും കമലജം എത്തിയ കമലജം പറഞ്ഞാൽ കമലത്തിലിരിക്കുന്നവൻ ആരാണ് കമലത്തിൽ നിന്ന് ജനിച്ചവൻ ബ്രഹ്മാവ് എല്ലാവരും ബ്രഹ്മാവിന്റെ അടുത്തെത്തി ബ്രഹ്മാവ് പറഞ്ഞു ഈ കേസ് വളരെ സീരിയസ് ആണ് ഐ സിയു അഡ്മിറ്റ് ചെയ്ത കേസാണ് ഇതെനിക്കിവിടെ പറ്റില്ല നിങ്ങൾക്ക് ചെറിയ ഡിസ്പെൻസറിയുള്ളൂ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ചെന്ന് സാക്ഷാൽ ഭഗവാന്റെ അടുത്ത് പാലാഴി ചെന്ന് പ്രാർത്ഥിക്കാം സമം ഭവന്തമാക്കൂ എല്ലാവരും ഭഗവാന്റെ അടുത്ത് എന്നിട്ടു ബ്രഹ്മാദേശുതമാനീ രാജകുലേ വിധി ം ബ്രഹ്മാതി ദേവന്മാര് ഭഗവാനെ അങ്ങനെയൊന്നും മുട്ടി വിളിച്ചാലൊന്നും വരില്ല ഹലേ ഭഗവാനെ ഒന്നും പാളിമ്പെല്ലൊന്നുമില്ലല്ലോ അവിടെ അപ്പൊ ഭഗവാനെ വിളിക്കാനുള്ള വഴി എന്താണ് സ്തുതികൾ ചെയ്തിട്ട് ഗംഭീരമായിട്ട് അവർ സ്തുതിക്കാനുള്ള വഴി അപ്പോൾ ഉടനെ തന്നെ ഭഗവാൻ പറയണത് നാംനാ ഭഗവാൻ പ്രകടമായി പ്രതകൃഷ്ണൻ പ്രകടമായി അങ്ങനെ ഭഗവാൻ ഉപദേശിക്കണം ഏ ദേവ ദിജിതകുലേ സന്ധ്യം വിതായ ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനൊരു മാർഗേ ഉള്ളൂ എന്താണ് പാലാഴിയെ മഥനം ചെയ്യണം എങ്ങനെയാ ഭഗവാനെ മഥനം ചെയ്യുക ഇത് കേട്ടപ്പോഴേ ദേവന്മാര് തളർന്നു അല്ലെങ്കിലേ എഴേറ്റിരിക്കാൻ വയ്യ അവരോടാണ് വലിക്കാൻ പറയേണ്ടത് എങ്ങനെയൊക്കെയാണ് വലിക്കേണ്ടത് ഭഗവാൻ അതൊക്കെ പറഞ്ഞുകൊടുത്തു മന്ദരപർവ്വതം പാലാഴി കൊണ്ടേടണം വാസുകി കയറായിട്ട് സങ്കല്പിക്കണം എന്നിട്ട് നിങ്ങൾ വലിക്കണം അല്ല ഭഗവാനെ ഒറ്റയ്ക്ക് വലിച്ചവരോ സന്ധ്യം വിതായ എന്ത് ചെയ്യണം സന്ധി ചെയ്യണം ആരോട് അസുരന്മാരോ അസുരന്മാരോട് സന്ധി ചെയ്തിട്ട് വേണം ഈ പാലാഴിയിലെ മന്ദനവർവത്തെ കടഞ്ഞെടുക്കാൻ അപ്പോഴോ ഹരിമതിതയ് പരീക്ഷ അപ്പം അസുരന്മാരോട് സന്ധി ചെയ്യണംന്ന് പറഞ്ഞാൽ ഇന്ദ്രനൊട്ടും പിടിക്കില്ല കാരണം ഇന്ദ്രൻ അസുരന്മാരെയൊക്കെ കണക്കാക്കിയിരിക്കുന്നത് എത്രയോ താഴ്ന്ന കുട്ടിയായിട്ടാണ് അപ്പൊ താൻ വളരെ കേമനായിട്ടുള്ള ഒരാളും താൻ താഴ്ന്ന് ഇന്ദ്രന്റെ പദവിയിൽ നിന്നൊക്കെ താഴ്ന്ന് അസുരന്മാരോട് സന്ധി ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെയിരിക്കണം പണ്ടൊരു ചൊല്ലു കാര്യം നടക്കാൻ കഴിവക്കാലം പിടിക്കണം എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ അങ്ങനെ വന്നതായിരിക്കാം ഇതുപോലെ ഇവിടെ അമൃതം കിട്ടണം എന്നുണ്ടെങ്കിൽ പിടിക്കണം അസുരന്മാരുടെ കാലം പിടിക്കണുണ്ട് എന്നിട്ടോ സന്താനം കൃതവതി ദാനവേ സ്വരോഗം നയതി മതേന മന്ദ്രിം ഭ്രഷ്ടേസ്മിൻ ബദലമിബോദ്ധൻ ഗകേന്ദ്രേ സദ്യസ്ഥം വിനിഹിതവൻ പയപ്പയോദ അങ്ങനെ ദേവേന്ദ്രൻ അന്നത്തെ അസുരഗുരു ആരായെന്നത്രേ അസുര രാജാവ് മഹാബലി എന്നൊത്രേ മഹാബലിയിലെടുത്തിയെന്നു അപ്പൊ മഹാബലിയും കൂട്ടരും ഇങ്ങനെ ഇന്ദ്രനെ കാത്തിരിക്കെ കണ്ടപ്പോ ചിലരെ പറഞ്ഞു ഡേ മഹാബലി പിടിച്ചിട്ട് കൂട്ടിലുണ്ടോ എന്നു ഇനി അവിടെ പോയി പിടിക്കൊന്നും വേണ്ട അപ്പൊ മഹാബലി നല്ല മനുഷ്യത്വം ഉള്ള ആളായിരുന്നു പറഞ്ഞു ഇപ്പം പിടിക്കണ്ട എന്തെങ്കിലും കൊടുക്കുക ഭക്ഷണം ആകെ തവർന്ന് പരവശനമായിട്ടുണ്ട് അപ്പോ അകത്ത് വന്നു ഇന്ദ്രനെ ഇരുത്തി എന്താ ഇന്ദ്ര പറഞ്ഞു ഞങ്ങൾക്കിങ്ങനെയൊക്കെ ഒരു ശാപം ഞങ്ങൾ ഇങ്ങനെ പരീക്ഷണത്തിലാണ് പക്ഷെ ഞങ്ങൾക്ക് അമൃത് കിട്ടാൻ ഒരു വഴി പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ ഒരു വിഷമം നിങ്ങൾക്ക് കൂടി വേണം തന്നിട്ട് വേണം അത് കഴിക്കാൻ പകുതി നിങ്ങൾക്കും പകുതി ഞങ്ങൾക്കും പാവം മഹാബലി ഈ പറഞ്ഞതങ്ങോട്ട് വിശ്വസിച്ചു ഇത് പറ്റിക്കലാന്നുള്ള അയാൾക്ക് മനസ്സിലായില്ല ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള കരാറുണ്ടാക്കി ഫിഫ്റ്റി നിങ്ങൾക്ക് ഫിഫ്റ്റി ഞങ്ങൾക്ക് ഏതായാലും സമ്മതിച്ചു അങ്ങനെ രണ്ടു കൂട്ടികൾ ചെന്നു മന്ദരപടവത്തി ഇളക്കാൻ നോക്കി സാധിച്ചില്ല ഭഗവാൻ തന്നെ ഗരുഡോപരി വന്നിട്ട് മദരമിക ഭഗവാൻ ഗഗേന്ദ്രൻ ഗരുടാരുൂടനായിട്ട് ഭദരിപ്പഴം എന്താണ് ഒരു പഴടുത്തുകൊണ്ടുപോകുന്ന ലാഘവത്തോടെ ആ മന്ദരപർവതത്തെ പാലാഴിയിൽ കൊണ്ട് നിക്ഷേപിച്ചു എന്നിട്ടോ നീ അവരോട് പറയാണ് പാലാഴി മന്ത്രം ചെയ്യാൻ ആദായം അങ്ങനെ പാലാഴി മഥനം തുടങ്ങുകയാണ് വാസുകി വാസുകിയാണ് കയറായിട്ട് വെച്ചിരിക്കുന്നത് വരത്രാമ അതും ഭഗവാൻ തന്നെ കൊട്ടേ കെട്ടിയിട്ട് കൊടുത്തു വിനീഹിത സർവ ബീജാലി സർവ ബീജ ബീജങ്ങളും അതിൽ നിക്ഷേപിച്ചുകൊണ്ട് ഔഷധങ്ങളും നിക്ഷേപിച്ചുകൊണ്ട് അവര് സുരാ മഥനവിധു അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ തുടങ്ങിൻ ഭുജഗര മുഖേരോ ആ സമയത്ത് ദേവന്മാർ തലപിടിച്ചു അസുരന്മാരോ ആലോപിച്ചു അപ്പൊ ദേവന്മാര് തലയും അസുരന്മാര് വാലു പിടിച്ചപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ അസുരന്മാരെ പിടി നിർത്തി അസുരന്മാരോട് ഞങ്ങൾ ഒരുക്കുകയാണ് ഭഗവാൻ ചോദിച്ചെന്താ പ്രശ്നം അപ്പൊ അവര് പറഞ്ഞു ഈ ദേവന്മാർക്കൊരു വിചാരിച്ചത് ഞങ്ങൾ ഈ വാല്യു പിടിക്കുന്നവരാണ് ഞങ്ങളാരേ വാല് പിടിക്കുന്നവരല്ല ഞങ്ങൾക്കൊണ്ടൊരു അഭിമാനം എന്തിന് പറയുന്നു ഇത് വലിക്കണമെങ്കിൽ അവരുടെ പിടിക്കണമെന്നോ പിടരേ ഭഗവാൻ ദേവന്മാരോട് തല വിട്ടുകൊണ്ട് വാല്യു പിടിക്കാൻ പറഞ്ഞു തല ആര് പിടിച്ചു അസുരന്മാർ ഈ പിടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോ എന്തുണ്ടായി കുറച്ചുകഴിഞ്ഞവര് നോക്കുമ്പോണ്ട് പർവ്വതം കാണാൻ ഇവരും പാമ്പ് മാത്രമേ വലിയുന്നു ഈ പർവ്വതനിപ്പോ ഇവിടെ എല്ലാവരും കൊണ്ടുവരും ആ സമയത്ത് പർവ്വതത്തെ ഉയർത്താനായി ഭഗവാൻ പൂർമാവതാരത്തെ എടുത്തു എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയണം ും ക്ഷുബ്രാബ്ദോ ക്ഷുബ്ധജലോദരിക്ഷോഭിച്ച ജലക്ഷോഭയോടുകൂടിയ പാലാഴിയിൽ പെട്ടെന്ന് അതാ പർവ്വതം ചാഴോട്ട് പോയ സമയത്ത് അതിനെ എടുത്തുയർത്താൻ വേണ്ടിയിട്ട് കഠോരപൃഷ്ഠം കമടതനും ഭഗവാൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേകമായിട്ടൊരു രൂപത്തെ എടുത്തു എല്ലാവരും ആശ്ചര്യത്തോട് നോക്കിയത് എന്താണെന്ന് അവർക്ക് മനസ്സിലായി ഇത് ഭഗവാന്റെ കൂർമാവതാരമാണ് ആ കഠോരമായിരിക്കുന്ന തന്റെ പുറത്ത് അവരി ഒരു പർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഭഗവാൻ അതിനെ പൂർവ സ്ഥാനത്ത് ഉറപ്പിച്ചു ഇതൊരു ഭഗവാൻ തന്നെ വാസുകി വേണ്ട വിധത്തിൽ കെട്ടിക്കൊടുത്തു വജ്രാതിസ്ഥിരകർപ്പേണ വിഷ്ണോ വിസ്തരാൽപ്പരിഗതലക്ഷ്യയോജനേന അമ്പോധേകുഗരഗതന വഷ്മണം നിർമ്മ്നം ചിരിതരനാഥമുന്ധ േക്കാൾ കഠിനമായിരിക്കുന്ന തന്റെ പുറത്ത് ആ വലിയ പർവ്വതത്തെ ഭഗവാൻ വിസ്താരാൽ പരിലക്ഷയോജന ലക്ഷം യോജന വിസ്താരമുള്ള രൂപത്തിൽ ഭഗവാൻ ദീതത്തെ ആ പർവ്വതത്തെ തന്റെ പുറത്തേറ്റിക്കൊണ്ടെന്ന് ഭഗവാൻ ഉയർത്തി എന്നാണ് ഇതിപ്പോ ഉന്മഗ്നേ ചടി തഥാതരേ ധരാതരേന്ദ്രേ നിർമ്മേതുഗണനിഹസം മതേന സനൃദയേ ആവശ്യി സർപ്പരാജേ അങ്ങനെ പർവ്വതത്തിന്റെ ഫുജ്ഞം പാമ്പിനെ കിട്ടിക്കൊണ്ട് രണ്ടുകൂട്ടിലും വലിക്കാൻ തുടങ്ങി അങ്ങനെ ദൃഢം നിർമ്മതയിഷു തഥാ അങ്ങനെ രണ്ടു വശത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നതിനിടയിൽ സർപ്പരാജ അഭിവൈവശ്യംബരിശൻ ആ സർപ്പൻ പോലും സർപ്പമായിരിക്കുന്ന പാസുകിപൂരും ഒന്ന് വളർന്നുപോയി അപ്പോഴാണ് അവിടെ നിന്ന് മറ്റൊരു സാധനം വരുന്നത് അതെന്താണ് ഗിരീന്ദ്രം അഭ്രാന്തേദയ പ്രമോദാതാത്തവശാം അങ്ങനെ ശക്തമായ കറക്കത്തിൽ ഉത്ഭ്രാന്ത ഭ്രമണ ജവോന്നമൽ ഗീന്ദ്രനെ സ്തേഗസ്ഥിരത ഹസ്തമങ്കജം ആ ശക്തമായ കറക്കത്തിന്റെ വേഗതയിൽ പൊങ്ങിയും താഴ്ന്നും പോകുന്ന മന്ദരപർവതത്തെ ഒറ്റക്കൈകൊണ്ട് ഭഗവാൻ പിടിച്ചുവച്ച് ആ ദേവന്മാരെല്ലാം ഇത് കണ്ട സമയത്ത് എല്ലാവരും കൂടെ പുഷ്പപുഷ്ടി നടത്തി ഭഗവാന്റെ നേരിടും